സകല പേർക്കും ആത്യന്തികമായിട്ടുള്ള ക്ഷേമം വേണം ആത്യന്തികമായിട്ടുള്ള ക്ഷേമം ശാന്തിയാണ് ശാന്തിയാണ് ആത്മാവിന്റെ സ്വരൂപം ശാന്തി പൂർണ്ണാനുഭവമാണ് പൂർണ്ണാനുഭവത്തിനെ എവിടെയും തെരഞ്ഞുകൊണ്ടുപോകേണ്ട ആവശ്യമില്ല ശാന്തി പൂർണ്ണാനുഭവമാണ് പൂർണമാണ് ശാന്തി പൂർണ്ണമാണ് ബ്രഹ്മം ശാന്തി നമ്മളുടെ സ്വരൂപമാണ് ഒരു ജീവന് ശാന്തി ഉള്ളപ്പോ അവിടെ ഒന്നും ഇനി ചേർക്കാനോ എടുക്കാനോ പറ്റില്ല നല്ല ശാന്തമായിട്ടിരിക്കുമ്പോ നമ്മള് പരിപൂർണ തൃപ്തരാണ് പക്ഷെ നമുക്കൊക്കെ എല്ലാവർക്കും ശാന്തി വരും ഇടയ്ക്ക് ഒരു ദുഃഖത്തിനും മറ്റൊരു ദുഃഖത്തിനും നടുവില് അല്പനേരത്തേക്ക് ഒരു ശാന്തി എല്ലാവരും അനുഭവിക്കും അങ്ങനെ ഒരു ശാന്തി അനുഭവിച്ചിട്ടില്ലെങ്കിൽ ജീവിക്കാനേ സാധ്യമല്ല അല്പമൊക്കെ ശാന്തി അനുഭവിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് പക്ഷേ ആ ശാന്തി നിലച്ചു നിൽക്കണില്ല വന്നിട്ട് പോകുന്നു നിലച്ചു നിൽക്കുന്ന ശാന്തി അതിനെ തന്നെയാണ് സമാധി എന്നും ആത്മസാക്ഷാത്കാരം എന്നും പറയണത് ശാന്തി ഉള്ളത് വ്യക്തിത്വമില്ലാതാവുമ്പോ പരിപൂർണമായ ശാന്തി ആ ശാന്തി തന്നെയാണ് ആത്മസ്വരൂപം എന്ന് പറയണത് വളരെ ലളിതം വ്യക്തം ഈ ശാന്തി നമുക്ക് എങ്ങനെ കിട്ടും അതാണ് ചോദ്യം അത് കിട്ടാത്തതുകൊണ്ടാണ് നമ്മളിപ്പോഴും ഭഗവത്ഗീതയ്ക്ക് വന്നിരിക്കുന്നത് എന്നുവെച്ചാൽ പുറമേക്കുള്ളവര് ഇതിന് വരാത്തവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ള അർത്ഥം അവര് തൽക്കാലം അതിനെ അന്വേഷിക്കാൻ പോലും തുടങ്ങിയിട്ടില്ല എന്ന് അത്രയുള്ളൂ ഗീത കുറെ കാലം കേട്ടിട്ട് പിന്നെ ഒരാൾ വരാതായി എന്ന് വെച്ചാൽ ഞാൻ സന്തോഷിക്കും എന്താന്ന് വെച്ചാൽ കിട്ടേണ്ടത് കിട്ടിയെന്നർത്ഥം കുറെ കേട്ടു നല്ല ഉറപ്പ് വന്നു ചലിക്കാത്ത സ്ഥിതിയായി എന്നുവെച്ചാൽ ഇനി കേൾക്കുകയും കാണൂന്നും വേണ്ട കിട്ടേണ്ട വസ്തു കിട്ടിയെന്നർത്ഥം ചിലർക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും രമണ മഹർഷിയുടെ മഹാസമാധിക്ക് ഒരു വർഷം മുമ്പ് ഒരു ദിവസം ഒരു സാധകൻ മഹർഷിയോട് ചോദ്യം ചോദിക്കാനായിട്ട് പോവാണ് ആത്മജ്ഞാനം എങ്ങനെ ഉണ്ടാവും ഗുരുവിന്റെ അടുത്തുപോയി ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം കിട്ടിയിട്ടാണോ ആത്മാനുഭവം ഉണ്ടാവുക പരിപൂർണമായി ശാന്തി ഉണ്ടാവുക ഈ സംശയത്തോടെ ഇദ്ദേഹം മഹർഷിയുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് അങ്ങനെ മഹർഷി ആരെയും ശ്രദ്ധിക്കണില്ല മുമ്പിൽ കുറെ ആളുകൾ ഇരിക്കുന്നുണ്ട് മഹർഷി ആരെയും ശ്രദ്ധിക്കണില്ല എന്തോ ഒരു പുസ്തകം എടുത്ത് ഇങ്ങനെ വായിക്കുന്ന പോലെ പുസ്തകം കയ്യിൽ പിടിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണുണ്ട് ഹാളില് ഒരഞ്ചാറ് പേരി അപ്പൊ പെട്ടെന്ന് ഒരാള് കയറി വന്നു ഉള്ളിലേക്ക് നോക്കിയപ്പോ ഒരു വൃദ്ധനായ ഒരു സന്യാസി വയസ്സായിരിക്കണോ കണ്ട നല്ല പക്വം ഒരു സന്യാസി ആ സന്യാസി ഹാളിലേക്ക് കയറി വന്നു അയാളുടെ നിഴല് എങ്ങനെ ഹാളിൽ വീണതും പുസ്തകം കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന മഹർഷി പുസ്തകം ചുവട്ടിലിട്ടു വളരെ പരിചയം ആ സന്യാസിയുടെ നേരെ നോക്കി ആ സന്യാസിയും മഹർഷിയെ കണ്ട ആള് നിശ്ചലനായിട്ട് നിന്നു ചോദ്യം ചോദിക്കും ഒന്നും ചോദിച്ചില്ല നിശ്ചലമായിട്ട് നിന്നു മഹർഷി ആ സന്യാസിയെ നോക്കി നോക്കണ നോട്ടത്തിൽ തന്നെ താൻ വരാനെന്താ ഇത്രയും ദിവസം പിടിച്ചതെന്നൊരു ചോദ്യം പോലെ നോക്കി ആ സന്യാസിയും മഹർഷിയും ഇങ്ങനെ പരസ്പരം നോക്കിക്കൊണ്ട് ഒരു അഞ്ചു മിനിറ്റ് നേരം അങ്ങനെ നിന്നു അത് കഴിഞ്ഞതും മഹർഷി പിന്നെയും പുസ്തകമെടുത്ത് ഒന്നും സംഭവിക്കാത്ത പോലെ പുസ്തകം നോക്കിക്കൊണ്ടിരുന്നു ഈ വന്ന സന്യാസി അവിടെ തന്നെ ഇരുന്നു രണ്ടു മണിക്കൂർ നേരം എന്നുവെച്ചാൽ ഇതിന്റെ ഇടയിൽ ഊണ് കഴിക്കാനുള്ള മണിയടിച്ചു ഇവരൊക്കെ എഴുന്നേറ്റ് പോയി ഈ ചോദ്യം ചോദിക്കാൻ വന്ന ആളും ചോദ്യം ഒന്നും ചോദിക്കാതെ എഴുന്നേറ്റ് പോയി ഊണൊക്കെ കഴിച്ചിട്ട് വരുമ്പോഴും ഈ സന്യാസി അവിടെ സമാധിയിലിരിക്കുന്നുണ്ട് കണ്ണടച്ച് ധ്യാനത്തില് സമാധി എന്ന് വെച്ചാൽ മരിച്ചു കഴിഞ്ഞിട്ടുള്ള സമാധിയല്ല ഞാൻ ഈ വാക്കുകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പലപ്പോഴും പക്ഷെ ആളുകളുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും അതിന്റെ കൈയും കാലുമൊക്കെ പോകും സമാധി വെച്ചാൽ മരിച്ചു കഴിഞ്ഞിട്ടുള്ളതല്ല ഇപ്പതാണ് ഇപ്പൊ എല്ലാവർക്കും സമാധിയാണ് രാജീവ് ഗാന്ധിക്കും സമാധി മഹാത്മാഗാന്ധിക്കും സമാധി മരിച്ചു കഴിഞ്ഞാൽ കെട്ടണതിനെയാണ് സമാധി എന്ന് പറയുന്നത് സമാധി എന്ന് വെച്ചാൽ ധ്യാനാവസ്ഥ ശരിക്കും മരിച്ചതിനു തുല്യം എന്ന് വ്യക്തിത്വമില്ലാത്ത സ്ഥിതി ശരീരം ഉള്ളപ്പോ തന്നെ ഏർപ്പെടുന്ന ഉയർന്ന സ്വരൂപം ആത്മാനുഭവമാണ് സമാധി ഈ സന്യാസി ഒരു രണ്ടു മണിക്കൂർ നേരം അങ്ങനെ ഇരുന്നു എന്നിട്ട് അപ്പോഴേക്കും മഹർഷിയും തിരിച്ചു വന്ന് കട്ടിലിൽ ഇടുന്നുകഴിഞ്ഞു ഒരു വാക്ക് പോലും മഹർഷിയോട് ചോദിക്കാതെ അവിടുന്ന് എഴുന്നേറ്റ് പോയി മഹർഷിയും ഇയാളോടൊന്നും ചോദിച്ചില്ല ചോദിക്കുന്ന സമ്പ്രദായമേ മഹർഷിക്കില്ല എന്നാണ് നാരായണഗുരു സ്വാമി പറയണത് നാരായണഗുരു മഹർഷിയെ കാണാൻ പോയപ്പോ രമണ മഹർഷിയെ കാണാൻ പോയപ്പോ നിർവൃതി പഞ്ചകം എന്നൊരഞ്ച് ശ്ലോകമേറി നാരായണ ഗുരു രമണ മഹർഷിയെ കാണാനായിട്ട് നാരായണ രമണ മഹർഷിയെ കാണാനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലോ ഇരുപത്തിമൂന്നിലോ മറ്റോ ആണ് ചേരുന്നത് ഒരു പിരീഡ് സ്കന്ധാശ്രമം മലയുടെ മേലെ ആയിരുന്നു മഹർഷി താമസം ആ സമയത്ത് അപ്പോ നാരായണഗുരു സ്വാമിയുടെ ചില ശിഷ്യന്മാരുടെ നിർബന്ധപ്പടിയാണ് കാണാൻ പോയത് മഹർഷിയെ കാണണം എന്ന് അവര് പറഞ്ഞതനുസരിച്ച് കാണാൻ പോയി ശിഷ്യന്മാരോടുകൂടെ മല കയറി സ്കന്ധാശ്രമത്തിൽ ചെന്ന് ജനലിന്റെ ഉള്ളിൽ മഹർഷിയെ നാരായണഗുരു നോക്കി ശിഷ്യന്മാരൊക്കെ ചെന്ന് നമസ്കരിച്ചിരുന്നു നാരായണഗുരു അകത്തു പോയില്ലേ ആ മഹർഷി പുറത്തു വന്നൂല്ല അന്വേഷിച്ചു ഇല്ല ഊണ് കഴിക്കേണ്ട സമയമായപ്പോ മാത്രം പുറത്തു വന്നിട്ട് മഹർഷി നാരായണ ഗുരുവിനോട് ഞങ്ങളുടെ കൂടെ ഊണ് മലയാളത്തിൽ ചോദിച്ചു നാരായണഗുരു മഹർഷികൾ പ്രസാദം ചാപ്പടലാം എന്ന് തമിഴിൽ പറഞ്ഞു അത്രയേ സംവാദം ഊണ് കഴിഞ്ഞിട്ട് മഹർഷി ആ സമയത്ത് സാധാരണ ഊന്നു കഴിഞ്ഞാൽ നടക്കാൻ പോകും അതേപോലെ നാരായണഗുരു സ്വാമി അവിടെ ഉള്ളപ്പോഴും നടക്കാൻ പോയി അരമണിക്കൂർ നടക്കാൻ പോയ സമയത്താണ് നാരായണഗുരു നിർവൃതി പഞ്ചകം എന്ന കൃതി എഴുതിയത് അവിടെ വെച്ചിട്ട് അതിൽ പറയണത് ഈ ഒരു സമദർശിത്വം എത്ര വലിയ ആള് വരട്ടെ എത്ര ചെറിയ ആള് വരട്ടെ ആരോടും ഒരു ഭേദബുദ്ധി ഇല്ല ഒന്നുകൊണ്ടും പതറന്നില്ല പതർച്ചയില്ല ചലിക്കണില്ല മാത്രമല്ല ചോദിക്കുന്ന ചോദ്യങ്ങളിൽ വ്യക്തിത്വത്തിന് യാതൊരു പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടുള്ള ചോദ്യമില്ല എല്ലാവരും ബ്രഹ്മമാണെങ്കിൽ ഈ പ്രപഞ്ചമായയാണെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ ആവശ്യത്തിലധികം എന്ത് ചോദിക്കാനിരിക്കണം വ്യവഹാരത്തിനു വേണ്ടി ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാം എന്നല്ലാതെ ബാക്കി ചോദ്യങ്ങളൊക്കെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും ട്രാക്ക് മാറി പല വികാരങ്ങളും പൊന്തി നമ്മൾ സാധാരണ വർത്തമാനം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് പുതിയതായിട്ട് ഒരാളെ കാണുമ്പോ വർത്തമാനം പറയുമ്പോ തൊട്ടും തൊടാതെ ചോദ്യം ചോദിച്ചാൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ചിലർ ചോദിക്കാതെ തന്നെ കുടുംബ വർത്തമാനം മുഴുവൻ പറയും അങ്ങനെ താളം അപ്പൊ വളരെ ജാഗ്രതയോടെ ചോദ്യം ചോദിച്ചിട്ടില്ലെങ്കിൽ നമ്മളുടെ മനസ്സിൽ വേണ്ടാത്തതൊക്കെ കടക്കും അപ്പോ നാരായണഗുരു മഹർഷിയുടെ സ്വഭാവത്തിന് എഴുതി കോമദേശ കാജാതി പ്രവൃത്തിക്കിയത്വയ ഇത്യാദിവാദോപരതിഹി യസ്യവ നിർവൃതിഹി ആരോടും കോനാമദേശ ഏത് സ്ഥലത്തൊന്നും വരണമെന്ന് ചോദിക്കില്ല പലപ്പോഴും ആ ചോദ്യം എങ്ങനെയാണറുകയോ ഇപ്പൊ ഇവിടുന്ന് നമ്മൾ എവിടെയെങ്കിലും പ്രഭാഷണത്തിന് പോയി എന്ന് വെച്ചാൽ എവിടുന്ന് വരണ പാലക്കാട്ടിൽ എവിടെയാ കൊടുവായൂരിൽ എനിക്ക് അറിഞ്ഞൊരാളുണ്ട് പിന്നെ അവിടുന്ന് ഇങ്ങനെ തുടങ്ങും അതിങ്ങനെ വരിവരി വരിയായ വികാരങ്ങളെ ഉണ്ടാക്കും ആ ചോദ്യമേലിയ കോദേശ എന്താ ജാതി ജാതി ഉയർന്ന ആളാണെങ്കിൽ അഭിമാനം താണ ആളാണെങ്കിൽ അതിനൊരു ഇൻഫീരിയോറിറ്റി ഇങ്ങനത്തെ ബുദ്ധികളൊക്കെ വരും ഇതുമൊക്കെ പോയി കാ ജാതി എത്ര വയസ്സായി ചോദിക്കുകയാണീ ശരീരത്തിനെ കുറിച്ചല്ലേ എത്ര വയസ്സായി എന്നുള്ളത് ശരീരത്തിന് എത്ര വയസ്സായി എന്ന് ചോദിക്കണം അതും കള്ളമാണ് പ്രവൃത്തി കാ എന്ത് ജോലി എത്ര വയസ്സായി പ്രവൃത്തിക്കാക്കിയദ്വയ ഇത്തരത്തിലുള്ള ഒരു ചോദ്യവും ഇല്ല വരൂ എന്ന് പറയോ പോവൂ എന്ന് പറയോ ഇരിക്കൂ എന്ന് പറയോ ഒരു കുശലപ്രശ്നവും കണ്ടില്ല ഇത്തരം ചോദ്യങ്ങളൊക്കെ അസ്തമിച്ച ആൾക്ക് മനസ്സിന് നല്ല ശാന്തി ശാന്തി അദ്ദേഹത്തിന് ശാന്തി ഉണ്ടാകും ഇത് പറഞ്ഞത് ഈ സന്യാസി അവിടെ വന്നപ്പോ ഇത്തരം ചോദ്യങ്ങളൊന്നും മഹർഷിയിൽ ഉണ്ടായില്ല ഈ വൃദ്ധസന്യാസി നമ്മുടെ മഹർഷിയുടെ മുമ്പിൽ വന്നപ്പോ ഒരു ചോദ്യവും ചോദിച്ചില്ല പിന്നെയോ അതിനെക്കുറിച്ച് ഈ സാധകൻ മഹർഷിയോട് ചോദിച്ചു ഈ സന്യാസി അങ്ങയുടെ മുമ്പിൽ വന്നുവല്ലോ അങ്ങൊന്നും പറഞ്ഞില്ല അദ്ദേഹത്തിനെ കുറച്ചുനേരം നോക്കി അദ്ദേഹം അങ്ങേയും കുറച്ചുനേരം നോക്കി രണ്ടുപേരും നിശ്ചലമായിട്ടിരുന്നു ഇപ്പൊ മഹർഷി പറഞ്ഞത് ഹൃദയം ഹൃദയത്തോട് സംവാദം ചെയ്യുമ്പോ ഭാഷ ഒരു തടസ്സമാണെന്ന് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഈ ബ്രഹ്മവിദ്യ വാസ്തവത്തിൽ അങ്ങനെയാണോ കൊടുക്കേണ്ടത് ശ്രീമദ് ഭാഗവതത്തിൽ ആദ്യത്തെ ശ്ലോകത്തില് പറഞ്ഞു സത്യം പരം ധീമഹി ഈ പരമാത്മസത്യം ഈ ബ്രഹ്മവസ്തു ഈശ്വരനെക്കുറിച്ചുള്ള ജ്ഞാനം ഒരു ഗുരു ശിഷ്യന് കൊടുത്തത് സൃഷ്ടി ആരംഭത്തില് സൃഷ്ടികർത്താവായ ബ്രഹ്മാവിന് ഭഗവാൻ കൊടുത്തു എന്നാണ് എങ്ങനെയാ കൊടുത്തത് എന്ന് വെച്ചാൽ ഉപദേശിച്ചിട്ട് വാക്കുകൊണ്ടല്ലാത്രേ തേനെ ഹൃദയം കൊണ്ട് കൊടുത്തു കാര്യമായിട്ട് വാക്കുകളൊന്നും വേണ്ടി എന്നാണ് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഈ വിദ്യയെ കൊടുത്തു ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഈ വിദ്യ കൊടുക്കപ്പെട്ടു ഇതാണ് യഥാർത്ഥ ഗുരുവും യഥാർത്ഥ ശിഷ്യൻ ആശ്ചര്യോ വക്ത കുശലോസ്യ എല്ലാവർക്കും ഒന്നും ഹൃദയഭാഷ മനസ്സിലാവില്ല അപ്പോഴാണോ കുറച്ചൊക്കെ ചോട്ടിലിറങ്ങിയെന്ന് എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരണത് ബ്രഹ്മത്തിനെക്കുറിച്ച് പറയേണ്ടി വരുന്നത് അപ്പോ ഗുരു ഉപദേശിക്കും ആദ്യത്തെ പടി മൗനത്തിൽ തന്നെ ഉപദേശം അത് മനസ്സിലാക്കും രണ്ടാമത്തെ സ്റ്റെപ്പാണ് ചോദിച്ച് അറിയുക എന്നുള്ളത് ഒരു ഗുരുവിൽ നിന്നും ചോദിച്ചറിയുക അതാണ് ഇപ്പൊ അർജുനൻ ചെയ്യണത് അർജുനൻ ചെയ്യണത് ഭാഗവതത്തിലെ കുറെ ബ്രാഹ്മണ സ്ത്രീകളെ പറഞ്ഞു വിപ്രപത്നികളുടെ ഒരു കഥ ഇത് വളരെ സൂക്ഷ്മമാണ് ആ കഥ വളരെ നിഗൂഢമാണ് ആ കഥയില് ഈ ബ്രാഹ്മണപത്നികൾക്ക് മുഴുവൻ ആത്മാനുഭവം ഉണ്ടായി ആത്മജ്ഞാനം ഉണ്ടായി ഒരു എപ്പിസോഡ് ഭാഗവിതത്തിൽ വളരെ മനോഹരമാണ് ആ കഥയുടെ പശ്ചാത്തലം എങ്ങനെയാന്ന് വെച്ചാൽ കൃഷ്ണൻ ഗോപന്മാരോടൊക്കെ പറയണു നമുക്ക് കാട്ടിൽ പോയിട്ട് എവിടെയെങ്കിലും കിട്ടുന്ന സ്ഥലത്ത് ആഹാരം കഴിക്കാം കാട്ടിൽ പോയി കുറെ നേരം കളിച്ചു കുരങ്ങുകളുടെ കൂടെയും മയിലിന്റെ കൂടെയൊക്കെ കുറെ നേരം കളിച്ചു കളിച്ചു കഴിഞ്ഞപ്പോ കുട്ടികൾ പറഞ്ഞു കൃഷ്ണ വിശക്കണു അല്ലാതെ വിശക്കണു ഞങ്ങൾക്ക് കൃഷ്ണൻ പറഞ്ഞു ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വീടുകളുണ്ടാവും നോക്കൂന്ന് ഇവിടെ ഒന്നും വീടില്ല മുഞ്ചാരണ്യം ദർഭക്കാടാണ് എവിടെ നോക്കിയാലും ദർഭകൾ ദർഭവിരിച്ച കാട് അവിടെ നോക്കിയപ്പോ ഈ ദർഭക്കാട്ടില് യാഗം നടക്കണം അങ്കിരസ സത്രം അവിടെ കുറെ ബ്രാഹ്മണര് യാഗം ചെയ്യണം അപ്പൊ കൃഷ്ണൻ പറഞ്ഞു അവരോട് പോയിട്ട് പറയാ ഞാൻ വന്നിരിക്കണമെന്ന് പറയാ നിങ്ങൾക്ക് വിശക്കണമെന്ന് പറയാ എന്താ ഞാൻ വന്നിരിക്കണമെന്ന് കൃഷ്ണൻ ഇത്ര ധൈര്യമായി പറഞ്ഞയക്കാൻ കാരണം അനുഗ്രഹിക്കാൻ തന്നെയാണോ വന്നിരിക്കുന്നത് ആ കഥ നമ്മൾ പറയുമ്പോൾ അതിനു മുമ്പ് കാളിയമർദ്ദനം മുതലായിട്ടുള്ള ലീലകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു ഒരു ഗ്രാമത്തിലോ ഒരു അടുത്ത സ്ഥലത്തോ ഒരു ജ്ഞാനി ഒരു മഹാത്മാവ് ഒരു ജീവൻ മുക്തൻ ഒരു മഹാവൈഭവം ഈശ്വര പ്രഭാവത്തോടുകൂടി ഒരാളുണ്ടെങ്കിൽ തന്നെ കുറച്ചു കുറച്ചായി നാട്ടിലൊക്കെ പരക്കും അല്ലേ ചിലർ വിശ്വസിക്കും ചിലർ വിശ്വസിക്കില്ല ചിലരതിനെ പലവിധത്തിൽ വ്യാഖ്യാനിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാവും അതേപോലെ തന്നെ ഗോകുലത്തിൽ കണ്ണന്റെ ലീലകളെ പലരും കേട്ടിട്ടുണ്ട് എല്ലാവരും അവരവരുടെ വാസനയ്ക്കനുസരിച്ച് കൃഷ്ണനെ വ്യാഖ്യാനിക്കും ഈ ബ്രാഹ്മണരും കേട്ടിട്ടുണ്ട് അവര് അല്പസ്വല്പം അവർക്ക് നല്ല വിദ്യാമതമുണ്ട് നല്ലവണ്ണം പഠിച്ചവരാണ് അതുകൊണ്ട് അത്ര കണ്ടൊന്നും അവർക്ക് ഉറപ്പുവന്നില്ല പക്ഷേ ഈ ബ്രാഹ്മണ പത്നികൾ ബ്രാഹ്മണൻ ബ്രാഹ്മണരുടെ പത്നികൾ സ്ത്രീകൾ അവര് നല്ലവണ്ണം ഈ ഭർത്താക്കന്മാരെ പറയുന്നതൊക്കെ കേട്ടിട്ട് ജീവിതത്തിന്റെ ലക്ഷ്യം ആത്മജ്ഞാനമാണ് എന്ന് അറിഞ്ഞിട്ടുണ്ട് ആത്മാനുഭവം ഉണ്ടാവണമെങ്കിൽ ഈ ശാസ്ത്രം പഠിച്ചവരുടെ കൊണ്ട് വലിയ പ്രയോജനമില്ല ശാസ്ത്രം പഠിച്ചവർക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ജീവിതത്തിന്റെ ലക്ഷ്യം ആത്മജ്ഞാനമാണ് എന്ന് പറഞ്ഞു കൊടുക്കാം അതിൽ കൂടുതൽ അവർക്ക് സാധ്യമല്ല രാമകൃഷ്ണപരമവംസര് പറയും ഈ പഞ്ചാംഗത്തിലെ ഈ വർഷം ഇത്ര പറ മഴ പെയ്യും എന്ന് എഴുതിയിട്ടുണ്ടാവും പക്ഷെ പഞ്ചാംഗം പിഴിഞ്ഞ വെള്ളം കിട്ടോ ഒരു ചൊട്ടുവെള്ളം കിട്ടില്ല അതുപോലെ ശാസ്ത്രം ജീവിതത്തിന്റെ ലക്ഷ്യം ആത്മജ്ഞാനമാണെന്ന് ബോധിപ്പിക്കും അതൊക്കെ ഈ ബ്രാഹ്മണർ നല്ലവണ്ണം പഠിച്ചിട്ടുണ്ട് അവര് പറയും പറയണതൊക്കെ ഭാര്യമാര് കേട്ടിട്ടുണ്ട് അവര് കേട്ടവര് നല്ല വണ്ണം അത് വിശ്വസിച്ചു പക്ഷെ അവർക്ക് ശാസ്ത്രപാണ്ഡിത്യൊന്നുമില്ല അവര് ഉള്ളുകൊണ്ട് ആര് തങ്ങൾക്ക് ഈ അനുഭവം തരും എന്ന് തെരഞ്ഞുകൊണ്ടിരിക്കുക ആരുടെ അടുത്തുനിന്ന് ഞങ്ങൾക്ക് ഈ അനുഭവം കിട്ടും എന്ന് തെരഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കണ്ണന്റെ കഥകളൊക്കെ ഇങ്ങനെ ചെവിയിൽ വന്നു വീണത് തേ ശ്രുതപ്രായശ്രുതമോദയ കർണപൂര ആദ്യം തന്നെ ഭഗവാന്റെ പ്രിയതമോദയ കർണപൂര ചെവി നിറച്ചിരിക്കുകയാണെന്നാണ് പ്രിയനായിട്ടുള്ള ഭഗവാന്റെ ഗുണങ്ങളെ കേട്ട് ചെവി നിറച്ചിട്ട് ഭഗവാനെ കാണാൻ കൊതിച്ചിരിക്കുകയാണ് ഭഗവാനെ ഭഗവാൻ എന്നുള്ള ഭാവത്തിൽ മാത്രമല്ല ഒരു ബ്രഹ്മനിഷ്ഠൻ അതായത് ബ്രഹ്മജ്ഞാനി കാണുന്നവർക്കൊക്കെ സ്വരൂപാനുഭവം ഉണ്ടാവുന്നു ആനന്ദമുണ്ടാവുന്നു പലർക്കും ജ്ഞാനമുണ്ടാവുന്നു കൃഷ്ണനെ കണ്ടവർക്ക് ലഹരി പിടിക്കുന്നു എന്നൊക്കെ ഇവർ കേട്ടിട്ടുണ്ട് ആ കണ്ണനെ കാണാൻ കൊതിച്ചിരിക്കുകയാണ് ഈ ബ്രാഹ്മണ സ്ത്രീകൾ അപ്പോഴാണ് ഈ ഗോപന്മാര് ഈ ബ്രാഹ്മണരുടെ അടുത്ത് വന്ന് ചോദിക്കണത് ഞങ്ങൾക്ക് തിരിച്ച് ആപ്പാട് തരുമോ വിശക്കണു കൃഷ്ണന് വന്നിരിക്കണു അപ്പൊ ഈ ബ്രാഹ്മണർ പറഞ്ഞു ഒന്നും പറഞ്ഞില്ല അവര് യാഗത്തിലിരിക്കണം മിണ്ടിയില്ല ഇവര് തിരിച്ചുപോയി കുറെ നേരം നിന്നിട്ട് കൃഷ്ണനോട് പറഞ്ഞു ഞങ്ങൾ പോയത് മാത്രം മിച്ചം ഒന്നും കിട്ടിയില്ല അപ്പൊ ഭഗവാൻ പറഞ്ഞു ഇനി അവിടെ അടുത്ത് പത്നിശാല എന്ന് പറഞ്ഞുണ്ടാവും അവിടെ പത്നിമാരൊക്കെ വസിക്കുന്നുണ്ടാവും അവരോട് ചെന്ന് ചോദിക്കാം ദർശയൻ ലൗകികയും ഗതിയും ലോകത്തിന്റെ ഗതി കാണിച്ചു കൊടുക്കായിരുന്നു അത്രേ ഭഗവാൻ ചെന്ന് ചോദിക്കൂ അങ്ങനെ ഇവര് വീണ്ടും പോയി പോയി കൃഷ്ണൻ വന്നിരിക്കണമെന്ന് പറയേണ്ട താമസം അവര് പല വിധത്തിലുള്ള ആഹാരം യാഗത്തിന് വേണ്ടി പാചകം ചെയ്ത് വെച്ചിരിക്കുന്നതും മറ്റുമൊക്കെ എടുത്തുകൊണ്ട് ഓടിവരിക ചിലരെയൊക്കെ വീട്ടിലിട്ട് പൂട്ടി പൂട്ടിയിട്ടു പോവാൻ കഴിയാതെ ചിലര് വിരഹം കൊണ്ട് അവിടെ തന്നെ ശരീരം ഉപേക്ഷിച്ചു നോക്കണം ഗോപസ്ത്രീകളെ പോലെയുള്ള കാമഭാവമല്ല ഇവരുടെ മുമുക്ഷുക്കളാണ് ഗോപസ്ത്രീകൾക്ക് കാമം തന്നെയാണ് ജാരാത്മനാനത്ത് പരമാത്മതയാ സ്മരന്യ പക്ഷെ ഗോപസ്ത്രീകളുടെ ഭാവം വേറെ ഇവരുടെ ഭാവം വേറെ ഇവർ ഭഗവാന്റെ അടുത്ത് വരുന്നത് ഇവർക്ക് നല്ലവണ്ണം അറിയാം ജീവിതത്തിന്റെ പരമലക്ഷ്യം ആത്മാനുഭവമാണ് എന്നാണ് ആ ഭാവത്തോടുകൂടെ മുമുക്ഷുക്കളായിട്ട് തന്നെയാണ് ഭഗവാൻ എടുത്തു വരുന്നത് മുമുക്ഷവഹ എന്നവിടെ വ്യക്തമായിട്ട് പറയണം മുമുക്ഷുക്കളായിട്ട് ഭഗവാനെ കാണാൻ വരുമ്പോ ഇവർക്കൊരു ദർശനം കൊടുത്തു ആ ദർശനം എങ്ങനെയാണെന്ന് വെച്ചാൽ ശ്യാമം ഹിരണ്യപരിധിം വനമാല്യബർഹ ശ്ലോകം തോന്നുക മനോഹരമായ ശ്ലോകം ഈ കുറച്ച് ദിവസം ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഈ ഭാഗം എടുത്തു നോക്കി ഈ ശ്ലോകം വായിച്ച മനസ്സങ്ങനെ നിന്നുപോയി അത് കഴിഞ്ഞ് ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് എവിടെയോ കണ്ടു ശ്ലോകം വായിച്ച് എന്തോ അറിയാതെ അങ്ങനെ നിന്നുപോയി ഭഗവാന്റെ ആ രൂപത്തിന് മാത്രം ഒരു പ്രത്യേകത ഭാഗവതത്തില് ശരിക്കേ വേഷം കെട്ടിയ മഹായോഗിയായിട്ടാണവിടെ അതെങ്ങനെയാണ് വർണ്ണിക്കണതെന്ന് വെച്ചാൽ പീതാംബരധാരിയായി മഞ്ഞപ്പെട്ടുടുത്ത് നീലമേഘ ശ്യാമളനായിട്ട് വനമാല കഴുത്തിലണിഞ്ഞ് മയിൽപ്പീലി ചൂടി തലയിൽ എന്തൊക്കെയോ തളിരുകൾ കെട്ടി നടവേഷം നടവേഷം അതായത് ഒരു നാടകത്തിനു വേഷം കെട്ടിയ പോലെ അഖണ്ഡാനന്ദജി വ്യാഖ്യാനിക്കിപ്പോ പറഞ്ഞു നരവേഷം ബ്രഹ്മം നരവേഷം കെട്ടി നിൽക്കണ എന്ത് സംശയം ജ്ഞാനികളൊക്കെ തന്നെ അങ്ങനെയാണ് അങ്ങനെയുള്ളപ്പോ ഭഗവാന്റെ കാര്യത്തിൽ എന്ത് സംശയം അങ്ങനെ ഒരു ഗോപന്റെ കഴുത്തിൽ കയ്യുമിട്ട് കാല് ഇടയ്ക്ക് വെച്ച് വ്യത്യസ്ത പാതാരവിന്ദനായിട്ട് ഒരു ഗോപന്റെ കഴുത്തിൽ കയ്യുമിട്ട് വേറൊരു കയ്യിൽ ഒരു താമരപ്പൂവും പിടിച്ച് പശുവിന്റെ മേലെ ചാഞ്ഞുകൊണ്ട് ഇങ്ങനെ ചുഴട്ടിക്കൊണ്ട് നിൽക്കുകയാണോ ഇതാണ് കൊടുത്ത ദർശനം ഈ ഗോപസ്ത്രീകൾക്ക് അവർ ദൂരത്തുനിന്ന് കൃഷ്ണനെ കണ്ട ഉടനെ എടുത്ത് മനസ്സുകൊണ്ട് ഭാവന ആലിംഗനം ചെയ്തു എന്ന് പറഞ്ഞു അവിടെ പറഞ്ഞപ്പോ ശ്രീ സുഖബ്രഹ്മമഹർഷി ഒരു പദം അവിടെ വെച്ചു പ്രാജ്ഞം യഥാ അഭിമതയ അവിടെ ഒരു പദം വെച്ചു ശ്രീശുഖബ്രഹ്മമഹർഷി എങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് കണ്ട ഉടനെ അവർക്ക് സമാധി ഉണ്ടായി എന്നുള്ളത് സൂചിപ്പിക്കാനായിട്ട് പ്രാജ്ഞം യഥാ അഭിമതയഹ അതായത് പകൽ മുഴുവൻ ജാഗ്രത അവസ്ഥയിലും സ്വപ്നാവസ്ഥയിലും വെളിയിലേക്ക് അലഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സ് ഇന്ദ്രിയങ്ങൾ മുഖേന പുറം ലോകത്തിലേക്ക് അലഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സ് രാത്രി ഉറങ്ങണ സമയത്ത് പുറം ലോകത്തിലേക്കുള്ള ഈ അലച്ചലൊക്കെ വിട്ട് ഉള്ളിലു പോയി സ്വരൂപത്തിനെ കെട്ടിപ്പിടിച്ച് കിടക്കണ പോലെ പുറമേക്ക് പോകുന്ന മനസ്സ് ഉള്ളിൽ ചെന്ന് ആത്മാവിനെ ആലിംഗനം ചെയ്ത് കിടക്കുന്ന പോലെ ആത്മാവിനെ ആലിംഗനം ചെയ്യുന്ന പോലെ ഇവരെ കണ്ണനെ ഉള്ളിലേക്കെടുത്തു എന്നുവെച്ചാൽ അവർക്ക് ആത്മാനുഭവം ഉണ്ടായി അവരെ കണ്ട ഉടനെ അഖിലദ്രക് ദ്രഷ്ട അഖിലദൃക് ദ്രഷ്ട എല്ലാ ദൃക്കുകളുടെയും ദ്രഷ്ടാവായിട്ടുള്ള ഭഗവാൻ എല്ലാ ശരീരത്തിലും ക്ഷേത്രജ്ഞനായിട്ടുള്ള ഭഗവാൻ ഇവർക്ക് പരിപൂർണമായ ആത്മാനുഭവത്തിനെ കൊടുത്തു അവരോട് ഭഗവാൻ പറഞ്ഞു നിങ്ങൾ എന്തിനാ വന്നത് വന്നോടനെ കാര്യം കഴിഞ്ഞുവേ വലുതായിട്ട് ഉപദേശമൊന്നും ആവശ്യമുണ്ടായില്ല നിങ്ങൾ എന്തിനാ വന്നത് തിരിച്ചു പോവൂ എന്ന് പറഞ്ഞു അപ്പൊ ഭഗവാനോട് അവര് പറഞ്ഞു ഭഗവാനെ നിങ്ങൾ പറയണത് അബദ്ധമാണ് ഇനി വേറെ ആരോടും പറയരുത് എന്താന്ന് വെച്ചാൽ തിരിച്ചു പോവൂ എന്ന് വെച്ചാൽ വേദമേ തെറ്റായി പോവും യദ്ഗത്വാന നിവർത്തന്തേ തദ്ധാമ പരമം മമ ഏതൊന്നിനെ പ്രാപിച്ചു കഴിഞ്ഞാലാണോ പിന്നെ തിരിച്ചുപോക്ക് ഇല്ലാത്തത് അതിനെ പ്രാപിച്ചിട്ട് ഇനി എവിടേക്ക് തിരിച്ചു പോവാൻ സത്യം കുരുഷ നിഗമം തവ പാദമൂലം പ്രാപ്താഹാവം തുളസിധാമ പദാവജുഷ്ഠ അപ്പോ ഭഗവാനെ ഇനിയൊന്നും നേടാനില്ല എന്നാണ് അവർക്ക് ദർശനമാത്രത്തിൽ ആത്മാനുഭവം അവർക്കുണ്ടായ അനുഭവം എന്താണ് എന്ന് വെച്ചാൽ അഖണ്ഡമായ ബോധം മാത്രമേ ഉള്ളൂ അവിടെ വ്യക്തിത്വമില്ല ആ ബോധാനുഭവം ഗുരുവിന്റെ സന്നിധിയിൽ കൃപ കൊണ്ട് യാതൊരു വിഷമം കൂടാതെ പ്രകാശിക്കും അതുകൊണ്ടാണ് പറയണത് ആത്മജ്ഞാനം ഏറ്റവും എളുപ്പമാണ് അത് ഏറ്റവും എളുപ്പമാണ് ഏറ്റവും കഷ്ടവുമാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലോകത്തിലുള്ള അതേ ബുദ്ധിയെ വെച്ചുകൊണ്ട് ഇവിടെ പ്രയത്നം കൊണ്ട് നേടാമെന്ന് വിചാരിച്ചാൽ അത് മഹാവിഷമം ശരണാഗതി ചെയ്യാൻ തയ്യാറാണെങ്കിൽ അതീവ സുലഭം ഇത്രയേ ഉള്ളൂ അതീവ സുലഭം ലോകത്തിൽ മറ്റുള്ളതൊക്കെ നേടണ പോലെ ഇപ്പൊ ലോകത്തിലെ എത്ര കണ്ട് മനുഷ്യന് പ്രയത്നിക്കാൻ കഴിയുമോ അത്ര കണ്ട് ലോകത്തിലുള്ള വസ്തുക്കളെയൊക്കെ ധരിയെടുക്കാം കൈക്കലാക്കാം എഞ്ചിനീയറാവാം ഡോക്ടറാവാം പ്രധാനമന്ത്രിയാവാൻ തീവ്രവാദിയാവാം എന്തു വേണമെങ്കിൽ ആവാം പ്രയത്നം കൊണ്ട് പക്ഷെ ആത്മാനുഭവത്തിലേക്ക് വരുമ്പോ പ്രയത്നമല്ല ഇവിടെ പ്രയത്നം ചെയ്യാതിരിക്കലുമല്ല ഈ പ്രയത്നിക്കുന്നവനെ ആരെന്ന് കണ്ടെത്തണം പ്രയത്നം ആരുടെ പ്രയത്നം ഇന്നലെ ചിലർക്ക് സംശയം വന്നുവേ ഇവിടുത്തെ പ്രഭാഷണം കേട്ടപ്പോ സംശയം വന്നു കർമ്മം എല്ലാം പൂർവം പരം ഒക്കെ ഭഗവാൻ പറഞ്ഞുവല്ലോ കാണിച്ചു കൊടുത്തുവല്ലോ അപ്പൊ വരാൻ പോണതൊക്കെ ഓൾറെഡി നിശ്ചയിക്കപ്പെട്ടതാണെങ്കിൽ പിന്നെ നമ്മൾ പ്രവർത്തിക്കുന്നതിനൊക്കെ എന്ത് പ്രയോജനം നമ്മൾ ഇനി കാണാൻ പോണു ഭഗവാൻ പറയാൻ പോണു ഇവിടെ നമ്മൾ പ്രവർത്തിക്കുന്നതിനൊക്കെ എന്തു പ്രയോജനം ഇവിടെ ഭഗവാൻ പറയാൻ പോണൂ നമ്മൾ കാണാം ഇപ്പോ കണ്ടിട്ട് പറയാം എന്നാലേ ഇതാവുള്ളൂ എന്റെ വാക്കാണെന്ന് വിചാരിക്കേണ്ട കണ്ടിട്ട് പറയാം നമുക്ക് ശ്രീ ഭഗവാനുവാചാം കാലോസ്മി ലോകക്ഷയകൃപ്രവൃദ്ധോ ക്ഷേപോ ലോകൻ സമാഹർത്ത ഋതേപി ത് ഭഷ്യേ വസ്ഥിത പ്രത്യേകു യോധാ തസ് ക്കമുത്തിഷയശോ ലഭസ്വത്ൂന് ഭുക്സ്വരാജ്യം സമൃദ്ധം മയൈവേത്തെ നിഹതാ പൂർവമേവ നിമിത്തമ അത്രംഭവ സവ്യസാചിന് ഭഗവാൻ പറയണത് എല്ലാം മുൻകൂട്ടി ചെയ്യപ്പെട്ടതാണ് നിശ്ചയിക്കപ്പെട്ടതാണെങ്കിൽ പിന്നെ എന്തർത്ഥം എന്ന് ചോദിച്ചാൽ ഗീതയെ തെറ്റായി പോവും എന്താന്ന് വെച്ചാൽ കൃഷ്ണൻ പറയണത് അർജുന ഈ നിൽക്കണ ഭീഷ്മരും ദ്രോണരും ഒക്കെ ഉണ്ടല്ലോ ഇവരെയൊക്കെ ഞാൻ കൊന്നിട്ട് നിർത്തിയിരിക്കുകയാണ് ഇവരെയൊക്കെ മുമ്പേ ഞാൻ കൊന്നിട്ട് നിർത്തിയിരിക്കുകയാണ് അവർക്കും അറിയാം അവര് കൊല്ലപ്പെട്ടു കഴിഞ്ഞുവെന്ന് കാരണം ഭീഷ്മ പിതാമഹൻ ഭാഗവതത്തിൽ പറയണത് ഭീഷ്മർ അവസാനമാണ് മരിച്ചത് പക്ഷെ ഭീഷ്മർ പറയണത് ഭഗവാനെ യുദ്ധം തുടങ്ങിയ ദിവസം ഞാൻ മരിച്ചു എന്നാണ് ഭീഷ്മർ പറയുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഭീഷ്മരും ഒക്കെ ജ്ഞാനികളാണേ ഭീഷ്മര് പറയണത് ഭീഷ്മർക്കൊന്നും ഭഗവത്ഗീതയൊന്നും കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന് നല്ലവണ്ണം അറിയാം അപ്പൊ ഇപ്പൊ അർജുനന്റെ അടുത്ത് ഭഗവാൻ പറയണു ഇവരെയൊക്കെ അർജുന നിഹതാഹപൂർവമേവ ഈ ഭീഷ്മരെയും ദ്രോണരെയും കൃപരെയും ഒക്കെ ഞാൻ അന്നേ കൊന്നുകഴിഞ്ഞു നീ ഇപ്പൊ വെറും ഒരു യന്ത്രം നിമിത്തം ഭീഷ്മർ ഭാഗവതത്തിൽ പറയണു അവസാനം മരിക്കാറായി കടക്കണു അമ്പിന്റെ മേലെ കടക്കുമ്പോ കണ്ണൻ യുധിഷ്ഠിര മഹാരാജാവിനെ കൂട്ടിക്കൊണ്ടുവന്ന് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി എന്നിട്ട് ഭീഷ്മരോട് പറഞ്ഞു നിങ്ങൾ കുറെ മേനക്കെട്ട് കുറെ ധർമ്മമൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അതൊക്കെ കുറച്ചൊന്ന് പറഞ്ഞു കൊടുക്കാം അപ്പൊ ഭീഷ്മര് ധർമ്മോപദേശമൊക്കെ ചെയ്തിട്ട് കൃഷ്ണനെ സ്തുതിക്കുന്നുണ്ട് അപ്പൊ അവിടെ പറഞ്ഞു ഭഗവാനോട് യുദ്ധത്തില് വ്യവഹിത പ്രതനാമുഖം നിരീക്ഷ कुमति ജനവധാ വിമുഖ്യോഷബുദ്ധ്യ കുമതിമഹരത് ആത്മവിദ്യയാ തേസ് യുധിതുരഗരജോ വിധൂമ്രവിശ്വക്കുളിച്ചശ്രമവ്യലം മമ നിശിതരൈ വിവിദ്യമാന ത്വി വിലസ കവചേസ് ആത്മാ ഉഭയോ മധ്യേ രഥം നിവേശ്യ സ്ഥിതവതി പരസൈനിക ആയുഹു അക്ഷണഹൃതവതി പാർത്ഥസഖരതിർമു മരിക്കാൻ കിടക്കുമ്പോ ഭീഷ്മർ പറയണത് എനിക്ക് കണ്ണന്റെ ഒരു രൂപം മുമ്പിൽ വരുന്നു കൃഷ്ണൻ എന്റെ മുമ്പിൽ വന്ന് നിക്കുന്നു എങ്ങനെയുള്ള രൂപം എന്ന് വെച്ചാൽ യുദ്ധം തുടങ്ങിയപ്പോ നമ്മൾ ആദ്യത്തെ അദ്ധ്യായത്തിൽ കണ്ടു കൌരവരൊരു വശത്ത് നിൽക്കണു പാണ്ഡവരൊരു വശത്ത് നിൽക്കണു യുദ്ധം തുടങ്ങാറായി അർജുനൻ പറഞ്ഞു കൃഷ്ണ രഥം നടുവിൽ കൊണ്ടുപോയി നിർത്തു അർജുനനിപ്പോ കൃഷ്ണൻ ഭഗവാൻ ഒന്നുമല്ല കാർ ഡ്രൈവർ അത്രയുള്ളൂ സാരഥി അതുകൊണ്ട് പറഞ്ഞു സേനയോർ ഉഭയോർ മധ്യേ രഥം സ്ഥാപയമേ അച്യുത ഹേ അച്യുത നമുക്ക് ആരെങ്കിലുമൊക്കെ ഒരു അച്യുതൻ ഡ്രൈവർ ഉണ്ടെങ്കിൽ പറയില്ലേ അതുപോലെ തന്നെ ഹേ അച്യുത രണ്ട് സൈന്യത്തിന്റെയും നടുവിൽ എന്റെ രഥം കൊണ്ടുപോയി നിർത്തു വാക്ക് മണ്ടിയിലേ ഭഗവാൻ ഡ്രൈവറായിരുന്നാൽ ഡ്രൈവറായിരിക്കണം ഉപദേശിക്കാൻ ചോദിച്ചാലേ ഉപദേശിക്കാൻ പാടുള്ളൂ അതിനു മുമ്പൊന്നും ഉപദേശിക്കാനേ പാടില്ല കാർ തുറക്കാൻ വാതിൽ തുറക്കാൻ പറഞ്ഞാൽ തുറക്കണം തുടയ്ക്കാൻ പറഞ്ഞാൽ തുടക്കണം വണ്ടി ഓടിക്കാൻ പറഞ്ഞാൽ ഓടിക്കണം എവിടെ നിർത്തണമെന്ന് നിർത്തണം ഭഗവാനോട് പറഞ്ഞു രണ്ട് സൈന്യത്തിന്റെയും നടുവിൽ കൊണ്ട് നിർത്തു രഥം എന്ന് പറഞ്ഞതോടുകൂടെ വണ്ടി ഓടിച്ച് കൊണ്ടു നിർത്തി എവിടെന്നു വെച്ചാൽ ഭീഷ്മ ദ്രോണ പ്രമുഖത ഒരു വശത്ത് ഭീഷ്മര് ഒരു നടുവിൽ കൊണ്ടു ചെന്ന് നിർത്തിയിട്ട് അവിടെ മാത്രം ഒരു കാര്യം ചെയ്തു അത്രേ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ കൊണ്ട് നിർത്തി നിർത്തിയിട്ട് വണ്ടി ഓഫ് ചെയ്തു വണ്ടി നിർത്തിയിട്ട് ആ രഥത്തിന്റെ സാരഥിയുടെ സീറ്റിൽ തന്നെ എഴുന്നേറ്റുന്നു അത്രേ നിന്നിട്ട് ഇടുപ്പിലിങ്ങനെ കൈവെച്ചിട്ട് അങ്ങനെ ഓരോരുത്തരെയായി ഭീഷ്മരെ ഒന്ന് നോക്കി അപ്പൊ ഭീഷ്മര് പറഞ്ഞു ഭഗവാനെ അപ്പൊ മനസ്സിലായി അപ്പോഴേ ഞാൻ പോയി ദ്രോണരെ ഒന്ന് നോക്കി ദ്രോണരും ജ്ഞാനിയാണ് അദ്ദേഹത്തിനും അറിയാൻ കഴിഞ്ഞു ഇനി യുദ്ധമൊക്കെ വെറുതെ ഒരു നാടകം ഓരോരുത്തരെയും നോക്കുമ്പോ പരസൈനിക ആയുഹു അക്ഷിണാഹൃതവതി തന്റെ നേരെ ഇരിക്കുന്ന സൈന്യത്തിന്റെ ആയുസ്സിനെ അക്ഷിണ കണ്ണുകൊണ്ട് ഹരിച്ചു പിന്നിപ്പോ യുദ്ധമൊക്കെ എന്താ വെറു ഒരു നാടകം അത്രയുള്ളൂ മുമ്പ് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞതിനെ ഒന്ന് വെറുതെ ഒരു കോപ്പ് ഒരു എന്താ പറയാ പാവക്കൂത്ത് അതാണ് യുദ്ധം കഴിഞ്ഞിട്ട് കരയാണ് യുധിഷ്ഠിര മഹാരാജാവ് തലയിലടിച്ചു കരയായോ എന്ന കാരണം നടന്നുവല്ലോ യുദ്ധം എന്ന കാരണം നടന്നുവല്ലോ എന്ന് കരയുമ്പോ വ്യാസഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു മാ കഞ്ചന ശുചോ രാജൻ യദീശ്വരവശം ജഗത് രാജാവേ വെറുതെ എന്തിനാ ഈ നെല്ലവിളി കൂട്ടണത് ഈ ജഗത്ത് ഈശ്വരന്റെ കയ്യിൽ വരൂ ഒരു കളിപ്പാട്ടം ദാരാ യൂഷ ദാരുമയധ പാവക്കൂത്തിലെ മരം കൊണ്ടുണ്ടാക്കിയ പാവകളെ കയറുകെട്ടി പുറമേ നിന്ന് കളിപ്പിക്കണ പോലെ അതിലൊരാളെ യുദ്ധം ചെയ്യാൻ കളിപ്പിച്ചാൽ യുദ്ധം ചെയ്യണം പാട്ടുപാടാൻ വെച്ചാൽ പാട്ടുപാടണം എന്ത് വേഷം കെട്ടിയോ ആ വേഷം കളിക്കണം കളിക്കില്ല എന്ന് പറഞ്ഞാൽ മഹാവിഷമമാവും കളിപ്പിക്കും അതാണിപ്പോ ഭഗവാൻ പറയാൻ പോണത് അപ്പൊ വെറുതെ കളിക്കില്ല എന്നുള്ള വിചാരം ഒരു വിഷമമായിട്ട് അവിടെ നിൽക്കും സന്തോഷമായിട്ട് കളിച്ചാൽ വളരെ നല്ലത് എന്തായാലും പോണം സുഖമായിട്ട് പോയിക്കൂടെ വിഷമമുണ്ടെങ്കിലാണോ കുഴപ്പം വിഷമമേ ഇല്ലെങ്കിൽ അതൊരു കുഴപ്പമില്ല ഞാനിപ്പോ കുട്ടികളുടെ ഒരു കഥ വായിച്ചത് മഹാമണ്ടത്തരമായ കഥ മഹാമണ്ടനായ ഒരാള് സിറ്റിയിലേക്ക് പോവാൻ പുറപ്പെട്ടു പോണ വഴിയിൽ ഒരാളോട് ചോദിച്ചു വഴി ചോദിച്ചു വഴി ചോദിച്ചപ്പോ ഇയാൾ പറഞ്ഞു കൊടുത്തു ആ നേരെ കാണുന്ന മരമില്ലേ ആ മരത്തിന്റെ കൊമ്പിന്റെ ആ മേലെ പോണ റോഡ് അയാൾ ഉദ്ദേശിച്ചത് ആ കൊമ്പ് ഇങ്ങനെ നീണ്ടു നിൽക്കണു അതിന്റെ മേലെ പോണ റോട്ടിലൂടെ പോയാൽ എത്തുമെന്നാണ് പറഞ്ഞുകൊടുത്തത് ഇയാൾ മഹാമണ്ടനായതുകൊണ്ട് മരത്തിന്റെ മേലെ കയറി ആ കൊമ്പിൽ കയറി എന്നിട്ട് കൊമ്പിൽ പിടിച്ച് തൂങ്ങി നിൽക്കാം ചുവട്ടിലെ നദിയാണ് കൈവിട്ടാ ചവട്ടൽ വീഴും അപ്പോ കൊമ്പിൽ പിടിച്ചു തൂങ്ങി നിൽക്കണ ഈ മണ്ടം വിചാരിച്ചു ഈ ഉപദേശിച്ച ആള് നമുക്ക് വഴി കാണിച്ചു തന്നു എന്തായാലും ഇത് വഴി ഈ കൊമ്പില് തൂങ്ങി നിന്നാൽ നമ്മളെ കൊണ്ടുപോകാൻ ആരെങ്കിലും വരുവായിരിക്കും ബോട്ട് വല്ലതും അതായിരിക്കും സിറ്റിയിലേക്ക് പോവാനുള്ള വഴി എന്ന് കൊമ്പിൽ തൂങ്ങി നിന്നു അപ്പൊ വിശ്വസിച്ച പോലെ തന്നെ ഒരു ആനക്കാരൻ വന്നു ആനക്കാരനും ഇയാളെ പോലെ തന്നെയുള്ള ആള് ആനക്കാരൻ ഈ ആനയും കൊണ്ട് ചവട്ടൽ വന്നപ്പോ ആനക്കാരനോട് പറഞ്ഞു എന്നെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോവോ ആനക്കാരൻ പറഞ്ഞു ഞാൻ തന്നെ പിടിക്കാം എന്ന് പറഞ്ഞു ആനയുടെ മേലെ എഴുന്നേറ്റ് നിന്ന് ഇയാളെ ഇങ്ങനെ പിടിച്ച് കാലു പിടിച്ചത് ആന പോയി ആന പോയി ആന നടന്നു രണ്ടുപേരും കൂടെ അയാളുടെ കാലിൽ ഇയാളും പിടിച്ചുകൊണ്ട് രണ്ടുപേരും മേലെ ആടിക്കൊണ്ടിരിക്കുകയാണ് ആടിക്കൊണ്ടിരിക്കുമ്പോ പറഞ്ഞു മോളിലിരിക്കണമെന്ന് ചോദിച്ചു ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിച്ചു പാരയും കാണാനില്ലല്ലോ അപ്പൊ എനിക്ക് അവരെ രണ്ടുപേരെയും ഇക്ഷാ പിടിച്ചു എന്താന്ന് വെച്ചാൽ ഈ ചുവട്ടിലിരിക്കുന്ന ആള് പറഞ്ഞു തൽക്കാലം പാരയും കാണാനില്ല ഇനി ഒരാള് വരണവരെ ഞാൻ പാട്ടു പാടാം യാതൊരു ഞാൻ പാട്ടു പാടാമെന്ന് ഈ പാടാൻ തുടങ്ങി വായു തോന്നിയ പോലെ പാടാൻ തുടങ്ങി മേലിരിക്കണവൻ മഹാരസികൻ പാട്ട് കഴിഞ്ഞപ്പോ ഭേഷ് എന്ന് പറഞ്ഞ് കയ്യിൽ അടിച്ചു ടിച്ച് രണ്ടുപേരും കൂടെ വെള്ളത്തിൽ വീഴാം വീഴുമ്പോ ഇയാൾ നിലവിളിക്കുകയല്ല ചെയ്യണതേ ഇനി എന്താ അപ്പോഴേക്കും കയ്യടിച്ച് ഞാൻ നിർത്തിയിട്ടില്ല അതെ അതിനു മുമ്പ് വിരോധം രണ്ടും വെള്ളത്തിൽ വീണു നദിയിൽ നദിയിൽ ഒഴുകി പോകുമ്പോ അയാൾ പറഞ്ഞു നീ നമ്മൾ എവിടെ പോകും എന്നറിയില്ല ഏതായാലും പാട്ട് നിർത്തണം നീ പാടിക്കോ നദിയിൽ ഇങ്ങനെ ഒഴുകി പാട്ട് കേട്ട് രസിച്ചുകൊണ്ടേ പോയി അവസാനം വഴിയിലാരോ കണ്ട് പട്ടണത്തിന്റെ അടുത്തായിട്ട് എടുത്ത് ചോട്ടലിട്ടു കരയിലെടുത്തിട്ടു അത്ര അപ്പോ ഇയാൾ മറ്റയാളോട് പറയാണ് ഇത്ര രസമായി ഞാൻ ഇതുവരെ പട്ടണത്തിലേക്ക് യാത്ര ചെയ്ത ഒരു വിഷവും കൂടാതെ പാട്ട് പാടി ആ കഥ ചിത്രകഥയാണ് ആ ചിത്രം കണ്ടാലേ നമുക്ക് രസം മനസ്സിലാവുള്ളൂ എന്തിനാ പറയണമെന്ന് വെച്ചാൽ ജീവിതത്തിൽ ഇതുപോലെയാണ് എന്തൊക്കെ സംഭവിക്കട്ടെ അതിലൊന്നും തടസ്സമില്ലെങ്കിൽ എന്തും രസിക്കാൻ തയ്യാറാണെങ്കിൽ ഈശ്വരൻ അങ്ങനെയാണ് വെച്ചതെന്ന് വെച്ചാൽ അങ്ങനെ ഏത് സിറ്റുവേഷനിൽ വെച്ചാലും അതൊക്കെ സ്വഭാവചേന കൗന്ദേയ നിബദ്ധസ്വേന കർമ്മണ അവസാനം ആമ്പ് ഭഗവാൻ പറയണ മനോഹരം ഭഗവാൻ പറയണത് അർജുന ഞാൻ ചെയ്യില്ല പറയുന്നുണ്ടല്ലോ നീ മഹാമഠേനാണ് വിഡ്ഢിയാണ് കാരണം തനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ ആളുകളൊക്കെ ചോദിക്കുകയാണെ അർജുനനെ കൊണ്ട് എന്തുകൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ചു കൃഷ്ണൻ ചെയ്തത് മഹാതെറ്റല്ലേ എന്നാ ചോദിക്കുന്നത് കാരണം അർജുനൻ യുദ്ധം ചെയ്യാനുള്ള ഒരു ആളാണ് അയാളെ കൊണ്ട് വേറെ ഒന്നും പാട്ടുപാടിപ്പിക്കാൻ പറ്റില്ല അയാൾ യുദ്ധം ചെയ്യാനുള്ള ആരാ ആളാണ് ഒരു തോക്കിനെ എടുത്ത് വെടിവെക്കാനല്ലേ പറ്റുള്ളൂ തോക്കിനെ എടുത്തിട്ട് വീണ വായിക്കാൻ പറ്റുമോ അതുപോലെ അർജുനൻ ജന്മനാ തന്നെ ജനിച്ചത് തന്നെ ക്ഷത്രിയനായിട്ടാണോ വളർന്നത് ക്ഷത്രിയനായിട്ടാണോ മഹാക്ഷത്രിയനായിട്ട് ഇനി അയാളെ കൊണ്ട് വേറെ ഒന്നും വിചാരിച്ചാൽ പോലും ജയിപ്പിക്കാൻ പറ്റില്ല ഇനിയിപ്പോ യുദ്ധം ചെയ്യണത് തെറ്റാണെങ്കിൽ പോലും യുദ്ധം ചെയ്യണത് ദ്രോഹമാണെങ്കിൽ പോലും അർജുനന്റെ യുദ്ധവാസനയെ യുദ്ധം ചെയ്യിപ്പിച്ചിട്ടേ തീർക്കാൻ പറ്റുള്ളൂ അല്ലാതെ യുദ്ധം ചെയ്യിപ്പിക്കാതെ തീർക്കാൻ പറ്റില്ല അപ്പൊ ഭഗവാൻ പറയണത് അർജുന യുദ്ധവാസന തെറ്റാണെങ്കിൽ പോലും ഈ ജ്ഞാനത്തോടുകൂടെ യുദ്ധം ചെയ്യാ യുദ്ധവാസന തീർന്നുപോയി താൻ മുക്തനാവും അല്ലെങ്കിൽ ഈ യുദ്ധവാസനയൊന്നും തീരില്ല അതേപോലെ ഓരോരുത്തർക്കും ഓരോ വാസന ഉണ്ടെങ്കിൽ ആ വാസന ബന്ധിച്ചിരിക്കുകയാണ് നമ്മൾ വാസനയെ മാറ്റാൻ പറ്റോ ഒരു പൂച്ചയ്ക്ക് തോന്നിയത്ര നന്നാവണം ഒരു സന്യാസിയുടെ ആശ്രമത്തിലുള്ള പൂച്ച അപ്പൊ പൂച്ച സന്യാസിയോട് ചെന്ന് ചോദിച്ചു സ്വാമി എനിക്ക് നന്നാവണം എന്നൊരാഗ്രഹം ഞാൻ എന്തു ചെയ്യണം സ്വാമി പറഞ്ഞു ഈ നോൺ വെജിറ്റേറിയൻ കഴിക്കണത് മഹാ തെറ്റാണ് അതുകൊണ്ട് നാളെ മുതൽ നീ എലിയെ ഭക്ഷിക്കരുത് രാവിലെ ഇവിടെ വന്നാൽ ഞാൻ വെണ്ടയ്ക്കോ മുരിങ്ങക്കൊക്കെ കൊണ്ട് കൂട്ടാനും ഉപ്പേരിയൊക്കെ വെച്ചു പൂച്ച പറഞ്ഞു ശരി പക്ഷെ മഹാവിഷമം കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ പൂച്ചയ്ക്ക് എലിയെ തിന്നാതിരിക്കാൻ പറ്റുമെന്നൊക്കെയാണ് അപ്പൊ സ്വാമിയോട് പറഞ്ഞു ഈ എലി തിന്നാതിരിക്കാൻ വല്ല മന്ത്രമുണ്ടോ ചോദിച്ചു സ്വാമിയോട് അപ്പൊ സ്വാമി ഒന്ന് പറഞ്ഞു പറഞ്ഞും കൊടുത്തു നാഹം ഭക്ഷയേ മൂഷികം എന്നൊരു മന്ത്രം എലിയെ ഞാൻ തിന്നില്ല എലിയെ ഞാൻ തിന്നില്ല എന്നൊരു മന്ത്രം പൂച്ചയ്ക്ക് അത് നൂറ്റിയെട്ട് പ്രാവശ്യം രാവിലെ എഴുന്നേറ്റ് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഓട്ടോ സജഷൻ അപ്പോ ഈ പൂച്ച അതേപോലെ തന്നെ ജപമാലയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഏകാന്തത്തിലിരുന്ന് ഞാൻ എലിയെ തിന്നില്ല എലിയെ തിന്നില്ല അപ്പൊ ഈ ജപിക്കണത് സ്വാമി കേൾക്കണ്ടേ ചെവിയിൽ ഇടയിലാവുമ്പോ ജപിക്കണതിന്റെ ഇടയിൽ തന്നെ എന്തോ മുറാമൊറാന്നൊരു ശബ്ദം സ്വാമി അവിടെ പോയി നോക്കിയപ്പോ ഈ പൂച്ച വായിലെന്തോ എടുത്തു ഇട്ടിട്ട് തന്നെ എലിയെ തിന്നില്ല എലിയെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ എലിയോട് ചോദിച്ചത് എന്താണാ തന്റെ വായിലെ ചോദിച്ചു ഇവിടെ എങ്ങനെയോ പോയി എടുത്ത് വായിലിട്ടു താൻ പറയണത് എലിയെ തിന്നില്ല പിന്നെ ഞാൻ അറിഞ്ഞതേ ഇല്ല എലി തിന്നണോ എന്നുള്ളത് തിന്നാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാലും ശരീരം അറിയാതെ എടുത്തു തിന്നു കാരണം എന്താ സ്വഭാവം പ്രകൃതി അല്ലെ പ്രകൃതി പൂച്ചയെ മാറ്റാൻ പറ്റുമോ അതുപോലെ അർജുനനെ മാറ്റാൻ പറ്റില്ല സ്വഭാവചേന കൗന്തേയാ നിബദ്ധ സ്വേന കർമ്മണേ കൗന്തേയ തന്റെ പ്രകൃതിയാണ് യുദ്ധം ചെയ്യാന്നുള്ളത് താൻ വിട്ടുമാറാൻ പറ്റില്ല അതുപോലെ അർജുനന് യുദ്ധം നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മൾ നിശ്ചയിക്കണം മുക്തി എന്ന് പറയണത് നമ്മളുടെ ഉള്ളിലുള്ള വാസനകളെ ജ്ഞാനത്തോടുകൂടെ കർമ്മം ചെയ്ത് ഒഴിച്ചു മാറ്റുന്നതിന് പേരാണ് മുക്തി അതാണ് സാധന കർമ്മവാസനകള് കർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ പോവില്ല വെറുതെ ജ്ഞാനമില്ലാതെ കർമ്മം ചെയ്താലും പോവില്ല ജ്ഞാനത്തോടുകൂടെ കർമ്മം ചെയ്താൽ രാഗദ്വേഷമില്ലാതെ ക്രമേണ കർമ്മവാസന ഒഴിഞ്ഞു പോകും അതിനു പേരാണ് മുക്തി അതാണ് മുക്തിക്കുള്ള സാധന ഭഗവാൻ അതിനുള്ള വഴിയാണ് പറയണത് ചെയ്യില്ല എന്ന് വെച്ചാൽ കരിഷ്യസി അവശോപിത്തത് താൻ ചെയ്യേണ്ട എന്ന് വിചാരിച്ചാൽ തന്നെ കൊണ്ട് സാധിക്കില്ല തന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും അപ്പൊ തനിക്ക് സന്തോഷം വേണമെങ്കിൽ എന്തുവേണം ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ടതി ബ്രാഹ്മയൻ സർവഭൂതാനി യന്ത്രാരൂഢാനിമായ അവിടെ ഈശ്വര എന്നുള്ള പദത്തിനർത്ഥം ോളർ എന്നാണ് അർത്ഥം അതായത് ഉള്ളിലിരുന്ന ഒരാള് സകലവാസനയും ചലിപ്പിച്ചുകൊണ്ട് സാക്ഷിയായിരിക്കണമല്ലോ അതാണ് ആ ഹൃദയദേശത്തിലുള്ള ആത്മാവാകുന്ന ഈശ്വരന് ശരണാഗതി ചെയ്യാന്ന് വെച്ചാലോ തടസ്സം ചെയ്യാതിരിക്കാം സ്വഭാവത്തിനെ രാജദ്വേഷമില്ലാതെ വഴങ്ങിക്കൊടുത്ത് സ്വധർമ്മത്തിനെ അനുഷ്ഠിക്കാം സ്വധർമ്മത്തിനെ അനുഷ്ഠിച്ചാൽ ഈ സ്വഭാവം ഒഴിഞ്ഞു പോവും സ്വരൂപം പ്രകാശിക്കും നമുക്ക് രണ്ടെണ്ണമാണുള്ളതേ സ്വരൂപവും സ്വഭാവവും സ്വരൂപം എന്ന് വെച്ചാൽ നിശാന്തം നിശ്ചലം ഒരിക്കലും വിട്ടുമാറാത്തത് സ്വഭാവം എന്ന് വെച്ചാൽ പ്രകൃതി അത് വാസന മനസ്സ് മനസ്സ് സ്വഭാവവും ആത്മാ സ്വരൂപവും സ്വരൂപത്തിനെ പ്രകാശിപ്പിക്കണമെങ്കിൽ സ്വഭാവത്തിനെ തുടച്ചു മാറ്റണം സ്വഭാവം എപ്പ മാറും സ്വഭാവത്തിനെ അടക്കിപ്പിടിച്ചതുകൊണ്ട് മാറില്ല അജ്ഞാനത്തോടുകൂടെ കുറെ ജപമോ തപമോ ചെയ്താലും മാറില്ല അറിഞ്ഞുകൊണ്ട് ജ്ഞാനത്തോടുകൂടെ നിഷ്കാമ്യമായിട്ട് കർത്തൃത്വമില്ലാതെ ശരണാഗതി ഭാവത്തോടുകൂടെ അങ്ങനെ വഴങ്ങിക്കൊടുത്താൽ തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരതം തത്പ്രസാദാത് പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം പരമമായ ശാന്തി വെച്ചാലോ വാസനകളൊക്കെ ഒഴിഞ്ഞുപോയ ശാന്തി അല്ലാതെ വെറുതെ ഒരു വ്യാജമായിട്ട് കുറച്ചു നേരം കണ്ണടച്ചിരിക്കുന്നത് കൊണ്ട് വരണതല്ല വാസനകളൊക്കെ ഒഴിഞ്ഞുപോയ ശാന്തി തനിക്ക് ഉണ്ടാവും ഏർപ്പെടും ഏർപ്പെടാൻ എന്താ വഴി ഞാൻ കർത്താവാണെന്നുള്ള അജ്ഞാനം അങ്ങോട്ട് വിടാം കർത്തൃത്വം അങ്ങോട്ട് മാറ്റാം ഏതീശ്വരവശം ജഗത് ഈശ്വരൻ ചെയ്യിപ്പിക്കണോ ഈശ്വരന്റെ കയ്യിൽ വെറും ഒരു യന്ത്രം ഭഗവാന്റെ കയ്യിൽ വെറും ഒരു യന്ത്രം ഭഗവാൻ ആരാണ് കാലോസ്മി അർജുനന്റെ കാര്യത്തിൽ ഭഗവാൻ പറയണത് അർജുന ഞാൻ കാലപുരുഷൻ ഞാൻ കാലപുരുഷനാണ് ലോകക്ഷയകൃപ്രവൃത്ത ലോകത്തിനെ ക്ഷയിപ്പിക്കാനായിട്ട് വന്നിരിക്കുകയാണെന്ന് ലോകാൻ സമാഹർത്തുമിഹപ്രവൃത്ത ലോകത്തിനെ മുഴുവൻ സംഹരിക്കാനായിട്ട് ഞാനിവിടെ വന്നിരിക്കുകയാണ് തയ്യാറെടുത്തിരിക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞ ഇന്നലെ രുദ്രനാണെന്നാണ് ഇവിടെ വിഷ്ണുവല്ല രുദ്രനാണ് ലോകത്തിനെ മുഴുവൻ സംഹരിക്കാൻ തയ്യാറായിരിക്കുകയാണ് എന്നിട്ട് അർജുനനോട് പറഞ്ഞു താൻ യുദ്ധം ചെയ്യില്ല എന്നൊന്നും പറഞ്ഞാൽ നടക്കില്ല താനൊക്കെ വെറും ഒരു പുല്ല് ഒരു വൈക്കോല് കാറ്റടിച്ചുകൊണ്ട് പോണ പോലെ കാലം അടിച്ചുകൊണ്ടുപോകുന്നതിനനുസരിച്ച് പറക്കുന്നു വെറും ഒരു വൈക്കോല് താനില്ലെങ്കിൽ വേറെ ഒരാള് പക്ഷെ തന്നെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കാൻ നിശ്ചയിച്ചിരിക്കണത് കൊണ്ടാണ് ഈ ശരീരം ഇവിടെ നിൽക്കണത് ഋതേപിത്വാം ഭവിഷ്യന്തി സർവേ എന്റെ മുത്തശ്ശനെ ഞാൻ കൊല്ലില്ല ഗുരുവിനെ കൊല്ലില്ല എന്നൊക്കെ പറഞ്ഞ് താൻ മാറിയതുകൊണ്ട് ഇവരൊന്നും ചാവില്ല എന്നാ വിചാരിക്കണത് ഇവിടുന്ന് ഏതെങ്കിലും ഒരു പീക്രി ചക്കനെ വിളിച്ചു കൊല്ലിപ്പിക്കും ഞാൻ അത്രയേ ഉള്ളൂ തനിക്ക് വേണമെങ്കിൽ യുദ്ധം ചെയ്തോ അർജുനനാണോ കൊന്നതെന്ന് പേര് വാങ്ങിച്ചോളാം യശോ ലഭസ്വ ഭഗവാൻ പറയണത് നാളെ അവിടുത്തെ അസ്തനാപുരം ടൈംസ് പേപ്പറിലൊക്കെ പബ്ലിഷ് ചെയ്യും അർജുന കിൽഡ് ദ്രോണം നമുക്ക് പറയും വേണമെങ്കിൽ പേര് വാങ്ങിച്ചോളാം പക്ഷെ താൻ ആരുമല്ല താൻ വെറും ഒരു യന്ത്രം എന്റെ കയ്യിൽ വെറും ഒരു യന്ത്രം തനിക്ക് പേരൊക്കെ കിട്ടിക്കോട്ടെ അതൊക്കെ കാര്യം അതൊക്കെ ഈ നാടകത്തിന്റെ ഒരു ഭാഗം പക്ഷെ താൻ ആരുമല്ല ഋതേപിത്വാം ഭവിഷ്യന്തി സർവേ എ അവസ്ഥിതാഹ പ്രത്യനീകേഷു യോധാഹ ഇവരൊക്കെ മരിക്കാൻ നിശ്ചയിച്ചവരാണ് ഇങ്ങനെയല്ലെങ്കിൽ വേറെ ഒരു വിധത്തിലും മരിക്കും ആരെങ്കിലും ഇപ്പൊ മരിക്കാതെ ഇരുന്നിട്ടുണ്ടോ അവിടെ ഇപ്പൊ കൊന്നാലും കൊന്നിട്ടില്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ മരിക്കും അപ്പൊ താനില്ലെങ്കിൽ ഇവരൊന്നും മരിക്കില്ല എന്ന് വിചാരിക്കേണ്ട ഏ അവസ്ഥിതാഹ ഇവിടെ നിൽക്കണവരൊക്കെ ഉണ്ടല്ലോ ഇവരൊക്കെ മരിക്കാൻ നിശ്ചയിച്ചവരാണ് മരിക്കാൻ പോണവരാണ് തന്നെ ഈ ഒരു വലിയ ഒരു നാശത്തിന് തന്നെ ഒരു കാരണമായി ഞാൻ വെച്ചിരിക്കണു അത്രയുള്ളൂ ഇങ്ങനെയുള്ളപ്പോഴേ എവിടെ കർത്തൃത്വം അല്ല ചോദിച്ച കർത്തൃത്വം ഭഗവാൻ രമണ മഹർഷി അമ്മയ്ക്കൊരു ഉപദേശം കൊടുത്തു അമ്മ അദ്ദേഹം വീടൊക്കെ വിട്ടിട്ട് വന്നപ്പോ ഒരുപാട് നിർബന്ധിച്ച് തലയ്ക്കടിച്ച് കരഞ്ഞു മഹർഷിയുടെ മുമ്പിൽ വന്നിട്ട് അപ്പൊ അമ്മയോട് ഒന്നും പറയാതെ നിശ്ചലമായിട്ടിരുന്നു വളരെ നേരം അങ്ങനെ ഇരുന്നപ്പോ എല്ലാരും നിർബന്ധിച്ചു സ്വാമി എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതി കൊടുത്തു വിടോന്ന് ചോദിച്ചു അപ്പൊ ഒരു പേപ്പറിൽ എഴുതിക്കൊടുത്തു ഓരോരുത്തരെയും അവനവന്റെ പ്രാരബ്ധപ്പടി പ്രാരബ്ധത്തിനനുസരിച്ച് ആട്ടിവെപ്പവൻ ആണ്ടവൻ എന്ന് തമിഴ് പറയും ആട്ടി വയ്പവൻ എന്നാണ് അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഈശ്വരൻ താവ് എല്ലാരെയും നിയന്ത്രിക്കുന്ന ആ ശക്തി അതിനെന്ത് പേര് വേണമെങ്കിൽ വിളിച്ചോ ആ നിയന്ത്രിക്കുന്ന ശക്തി ഓരോരുത്തരെയും അവരവരുടെ പ്രാരബ്ധപ്പടി നയിച്ചുകൊണ്ടിരിക്കുന്നു നടക്കാൻ നിശ്ചയിക്കാത്തത് എന്തു ശ്രമിച്ചാലും നടക്കില്ല നടക്കാൻ നിശ്ചയിച്ചിട്ടുള്ളത് എന്തൊക്കെ തന്നെ ആരൊക്കെ തന്നെ തടസ്സം ചെയ്താലും നടന്നേ വക്കൂ ഈ സത്യം അറിഞ്ഞ് ശരണാഗതി ചെയ്താൽ സമാധാനം എന്ന് വെച്ചാൽ ഇതറിഞ്ഞിട്ട് പ്രവർത്തിക്കേണ്ടെന്നല്ല അർത്ഥം അപ്പൊ ആരോ മഹർഷിയോട് ചോദിച്ചുവേ എല്ലാ ഈശ്വരനാണ് ചെയ്യണത് എന്ന് ഞാൻ അത് അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കട്ടെ എന്ന് ചോദിച്ചു അപ്പൊ മഹർഷി പറഞ്ഞു ഒന്ന് ശ്രമിച്ചു നോക്കൂ ഒന്ന് ശ്രമിച്ചു നോക്കൂ മിണ്ടാതിരിക്കാൻ പറ്റൂ മിണ്ടാതിരിക്കാൻ പോലും തനിക്ക് സ്വാതന്ത്ര്യമില്ല എന്നിട്ട് വേണ്ടേ മിണ്ടാതിരിക്കട്ടെ മിണ്ടാതിരിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ടോ അതാണ് ഏറ്റവും വലിയ ഭക്ഷണം അപ്പോ കർത്തൃത്വമില്ല എന്നറിഞ്ഞിട്ട് ഭഗവാൻ നമ്മളെ എന്ത് ചെയ്യിപ്പിക്കുന്നു അത് ഗംഭീരമായിട്ട് ചെയ്യാം ഈ ജ്ഞാനം ഒന്ന് പ്രാവർത്തികമാക്കി നോക്കി ഇതുപോലെ പ്രാക്ടിക്കലായിട്ടുള്ള വേറെ ഒന്നുമില്ല ഈ ജ്ഞാനം പറഞ്ഞ ശങ്കരാചാര്യരാണ് കൊടുങ്കാറ്റ് പോലെ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് അദ്വൈത വേദാന്തം പ്രചരിപ്പിച്ചതേ അപ്പൊ ഈ ജ്ഞാനം ആളുകളെ മടിയനാക്കും എന്നുള്ളത് അറിവില്ലായ്മ കൊണ്ട് പറയാണ് കഴിയും അഹങ്കാരം എന്ന് വെച്ചാൽ അഭിമാനം കർത്തൃത്വം ഞാൻ ചെയ്യണു ഇതുകൊണ്ടാണ് വിഷമം മുഴുവനുമേ ഞാൻ ചെയ്യണു എന്നുള്ളത് ടെൻഷൻ വരണത് നമ്മളുടെ കയ്യിലാണ് ജീവിതം മുഴുവൻ വിചാരിക്കുന്നത് കൊണ്ടാണ് ടെൻഷൻ വരുന്നത് ഈ അജ്ഞാനം പോയാൽ ഒരു ടെൻഷനില്ല ലോകത്തില് ഗംഭീരമായ പ്രവൃത്തി ചെയ്താലും ഒരു ടെൻഷനും ഇല്ല ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ മരത്തിന്റെ മേലെ കയറി നദിയിൽ ഒഴുകിപ്പോയി എവിടെ പോയാലും ടെൻഷനില്ല എന്തൊക്കെ സംഭവിച്ചാലും ടെൻഷനില്ല സുഖം ആനന്ദം ഓരോ ക്ഷണത്തിലും ആനന്ദം ടെൻഷനേ ഇല്ല കാരണം കർത്തൃത്വമാണ് എല്ലാ ദുഃഖത്തിനും കാരണം നമ്മളുടെ ജീവിതം നമ്മളുടെ കയ്യിലാണെന്നും നമ്മളെന്തൊക്കോ ചെയ്തു തീർക്കാനുണ്ടെന്നും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ആകെപ്പാടം ഒക്കെ തകിടം മറിയുന്നൊക്കെ ഈ വിചാരമുണ്ടല്ലോ നമ്മൾ വിചാരിക്കുന്നു ഇങ്ങനെ ഒരു വിചാരമുണ്ടെങ്കിലേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ ഈ വിചാരമൊക്കെ ഒന്ന് എടുത്തു നോക്ക ഒന്ന് പരീക്ഷണത്തിന് വേണ്ടി തൽക്കാലത്തേക്ക് നാളെ മുതൽ ഇനി ഒരു ടെൻഷനും ഇല്ല നടക്കണതൊക്കെ നടക്കട്ടെ നടക്കണ പോലെ ഒന്ന് കേടുവന്നാലും വേണ്ടില്ല എന്നൊന്ന് പരിശ്രമിച്ചു നോക്കൂ കുറച്ചുകൂടെ ഭംഗിയായിട്ട് നടക്കും നമ്മൾ വിചാരിക്കണം നമ്മൾ ഇവിടുന്ന് പോയാൽ അവിടുത്തെ കാര്യമൊന്നും നടക്കില്ല എന്നാണ് നമ്മൾ ഒന്ന് വിട്ടിട്ട് പോയിട്ട് വന്നാൽ മനസ്സിലാവും നമ്മളാണോ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കണത് നമ്മൾ ഇവിടുന്ന് പോകുമ്പോ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഭംഗിയായിട്ട് നടക്കുന്നതായിട്ട് കാണാം ആളുകൾ മരിക്കണത് കൊണ്ട് ഉടനെ പലരും മരിച്ചു കഴിഞ്ഞിട്ടാണ് പലതും നന്നാവണത് അപ്പോ കർത്തൃത്വ ബുദ്ധിയുടെ നാശം അതിനുവേണ്ടിയാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത് അല്ലെങ്കിൽ ഈ കൃഷ്ണൻ ഇങ്ങനെ പറയോ കൃഷ്ണൻ ഇങ്ങനെ പറയാൻ തന്നെ കാരണം കൃഷ്ണന്റെ പ്രവൃത്തിയുടെ പുറകെയുള്ള രഹസ്യമാണ് കൃഷ്ണൻ അർജുനന് ഉപദേശിക്കണത് അത് നമ്മൾ ആദ്യം ആലോചിക്കണം കൃഷ്ണനെ അറിയാം ഇവിടെ എന്തൊക്കെ സംഭവിക്കാൻ പോണൂ എന്നുള്ളതും എന്തൊക്കെയാണ് നടക്കാൻ പോണെന്നുള്ളതും ഒക്കെ മുൻകൂട്ടി അറിയണതുകൊണ്ട് എന്തും പ്രവർത്തിക്കാൻ തയ്യാറ് എന്തൊക്കെ ചെയ്തു അല്ലെ എന്തൊക്കെ പ്രവർത്തിച്ചു എന്തൊക്കെ കുറുമ്പ് കാണിച്ചു എന്നിട്ട് എന്തെങ്കിലും ബാധിക്കണുണ്ടോ അല്ല നമ്മൾ തന്നെ വല്ലതും കൃഷ്ണനെ കുറ്റം പറയണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളതിന് കൃഷ്ണനല്ല വേറെ വല്ലവരും ചെയ്തതെങ്കിൽ ചെയ്ത ഓരോ പ്രവൃത്തി മഹാ തോന്നിയ മാസാണ് പക്ഷെ അത് കൃഷ്ണനല്ല വേറെ ആരെങ്കിലുമാണ് ചെയ്തതെങ്കിൽ നമുക്ക് ഇനിയൊരു കുറ്റം പറയാനുണ്ടാവില്ലേ അത്രയും പറഞ്ഞിട്ടുണ്ടാവും കൃഷ്ണൻ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് തോന്നണില്ല എന്ന് വെച്ചാൽ കർത്തൃത്വം അവിടുന്ന് പോയതുകൊണ്ട് കൃഷ്ണൻ ഈശ്വരൻ കർത്തൃത്വം ആർക്ക് പോയോ അവരൊക്കെ ഈശ്വര സ്വരൂപികൾ തന്നെ ഈ പ്രവർത്തിക്കുന്ന കൃഷ്ണൻ അർജുനനോട് പറയുന്നു അർജുന മൂന്ന് ലോകത്തിലും എനിക്ക് ചെയ്യാനൊന്നുമില്ല നേടേണ്ടതുമില്ല നഷ്ടപ്പെടാനും ഒന്നുമില്ല എന്നിട്ട് ഞാനിത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അനവാപ്തം അവാപ്തവ്യം എന്നാണ് ഒന്നും പ്രാപിക്കാനെനിക്കില്ല തൃശു ലോകേഷു കിഞ്ചന മൂന്ന് ലോകത്തിലും അല്പം പോലും എനിക്ക് കിട്ടാനൊന്നുമില്ല നഷ്ടപ്പെടാനുമില്ല എന്നിട്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ സന്തോഷം പ്രവൃത്തി ഒക്കെ നമുക്ക് ആനന്ദം എല്ലാത്തിലും ആനന്ദം പ്രവൃത്തിയിലെ ആനന്ദം സന്തോഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കാം ജീവിതം മുഴുവൻ പ്രവർത്തിക്കാം ക്ഷീണിക്കില്ല തളരില്ല പ്രവർത്തിക്കുമ്പോഴേ ഒന്നും ചെയ്യണില്ല പ്രവർത്തിക്കുമ്പോഴേ റെസ്റ്റിലാണ് കർമ്മണി അകർമ്മയ പശ്യേ അകർമ്മണി ച കർമ്മയ സബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത ക്രിസ്ന കർമ്മ കർമ്മം ചെയ്യുമ്പോ അല്പം പോലും കർമ്മം ഇല്ല എന്നുള്ള ബോധം കർമ്മം എന്ന് വെച്ചാൽ ചലനമാണേ ഭൂതഭാവോദ്ഭവകരഹ വിസർഗ കർമ്മസഞ്ജിത ഭഗവാൻ തന്നെ കർമ്മത്തിന് വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട് കർമ്മം എന്ന് വെച്ചാൽ ഈ പ്രപഞ്ച സൃഷ്ടിക്ക് മൂലകാരണമായ ചലനം സ്പന്ദനം ആണ് കർമ്മം ആത്മാവിൽ അല്പം പോലും സ്പന്ദനമില്ല സ്പന്ദനശൂന്യമായ നിശ്ചലമായ ചൈതന്യമാണ് ഞാൻ അവബോധമാണ് ഞാൻ എന്നറിഞ്ഞ് തന്റെ സ്വരൂപത്തിൽ നിന്ന് അല്പം പോലും ഇനി വിട്ടുമാറാതെ ചലിക്കുന്ന ശരീരത്തോടുകൂടെ ഇരിക്കുക ജലാചല നികേത എന്നാണ് ഒരു വശത്ത് ചലിക്കാത്ത വസ്തു വേറെ ഒരു വശത്ത് ശരീരം ചലിച്ചുകൊണ്ടിരിക്കും ഇനിയിപ്പോ ധ്യാനം ഒന്നും വേണ്ട ഈ വസ്തു സത്യം പിടികിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് ആത്മസാക്ഷാത്കാരം ഇനിയിപ്പോ ധ്യാനം ഒന്നും വേണ്ട പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട എന്തൊക്കെ ചെയ്താലും ധ്യാനം ഓരോ ക്ഷണത്തിലും ധ്യാനം ഒരിക്കലും മറന്നു കളയുന്ന ധ്യാനം കൊണ്ട് ഏത് ആർട്ടിഫിഷ്യലായിട്ടൊരു ധ്യാനം കൊണ്ട് നടന്നതാണെങ്കിൽ നഷ്ടപ്പെട്ടു പോകും പക്ഷേ ആത്മ അനുഭവം ജ്ഞാനമാണ് അതൊരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല ഭഗവാൻ ആ ജ്ഞാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അർജുനനോട് പറയണത് അർജുന ഞാൻ കാലമാണ് ഈ യുദ്ധം നടക്കാൻ പോണതാണ് ഞാൻ ഈ യുദ്ധം നടത്തിപ്പിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് പലർക്കും അറിയാം നമ്മുടെ ധൃതരാഷ്ട്രനു പോലും അറിയാം ധൃതരാഷ്ട്രനോട് പറയണതേ പലരും ഉപദേശിച്ചു കൊടുക്കുന്നു ധൃതരാഷ്ട്രോട് യുദ്ധം ഒന്ന് അവസാനിപ്പിക്കൂ വേണ്ട അവസാന യുദ്ധം നടക്കുന്നതിന് കുറച്ചു ദിവസം മുമ്പ് ഭഗവാൻ അക്രൂരെയൊന്ന് വിട്ടു എന്ന് ചെന്നിട്ട് ധൃതരാഷ്ട്ര മഹാരാജാവിനെ ഒന്ന് ഉപദേശിക്ക എന്ന് പറഞ്ഞു യുദ്ധം നിർത്താനായിട്ട് അക്രൂരരെ വിട്ടു അക്രൂരര് പോയിട്ട് ആത്മവിദ്യയൊക്കെ ഉപദേശിച്ചു ധൃതരാഷ്ട്രർ പറയണത് യോ ദുർവിമർശപതയാ അജമായ ഭഗവാൻ ധൃതരാഷ്ട്രം പറയണതവിടെ ഏത് ഭഗവാനാണോ വിമർശനം ചെയ്താൽ മനസ്സിലാവാത്ത വിചാരത്തിന് പിഴികിട്ടാത്ത മായകൊണ്ട് എല്ലാരെയും പിടിച്ചു ചുറ്റിത്തിരിക്കുന്നത് തസ്മൈ ദുരവബോധ പരമേശ്വരായ ഞാൻ നമസ്കരിക്കുന്നു ആർക്ക് നമസ്കരിക്കണു എന്ന് വെച്ചാൽ ദുരവബോധ വിഹാരതന്ത്ര സംസാര ചക്രഗത പരമേശ്വരായ ധുദരാഷ്ട്രർ പറയണത് ദുരവോധം ബുദ്ധി കൊണ്ട് പിടികിട്ടാത്ത രീതിയില് വിഹാരതന്ത്രം വെച്ചാൽ ഈ ചുറ്റിത്തിരിക്കുന്നത് വിഹരിപ്പിക്കുന്നത് നമ്മളെയൊക്കെ വലയ്ക്കുന്നത് അങ്ങനെയുള്ള ഈ സംസാരചക്രത്തിനെ ചുറ്റിക്കുന്ന ആ പരമേശ്വരൻ നമസ്കാരം എന്താ പറയണതെന്ന് വെച്ചാൽ നിങ്ങൾ ഇത്ര ഉപദേശിച്ചിട്ടും ഈ യുദ്ധം നിർത്തണമെന്നോ ദുര്യോധനനെ പിടിച്ചു കെട്ടി ജയിലിലിടണമെന്നോ ഇത് വേണ്ടാന്നൊരു റൂള് കൊണ്ടുവരണമെന്നോ എനിക്ക് തോന്നണില്ല എന്ന് വെച്ചാൽ എന്ത് ചെയ്യാം എന്റെ ബുദ്ധിയും മനസ്സും എന്റെ കയ്യിലില്ല ഈ യുദ്ധം നടക്കാൻ നിശ്ചയിച്ചിരിക്കണോ ആ യുദ്ധം നടത്തിക്കാൻ ഏതൊരു ശക്തി പ്ലാൻ ചെയ്തിരിക്കണോ ആ ശക്തിയുടെ കയ്യിൽ ഞാൻ വെറും ഒരു ടൂൾ ഒരു ഇൻസ്ട്രുമെന്റ് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഏത് ഈശ്വരൻ ചെയ്യിപ്പിക്കണോ ആ ഈശ്വരൻ കാലരൂപിയായി അവതരിച്ചിരിക്കണു ആ കാലരൂപിയായ ഭഗവാൻ ഒരു എന്നെ യുദ്ധം ഉപേക്ഷിക്കൂന്ന് പുറമേ വന്ന് ഉപദേശിക്കണു വേറെ ഒരു യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കണു എന്ത് ചെയ്യാം എപ്പോഴുമേ ഉള്ളിലുള്ളതേ ജയിക്കുന്നു വേണ്ടോ മക്കൾക്ക് അമ്മ ഉപദേശിക്കുന്ന സിനിമയ്ക്ക് പോവരുത് പോകരുത് പോകരുത് എന്ന് പറയും ഇനി ഉള്ളിൽ പോകണം പോണം എന്ന് വെച്ചാൽ പറയാതെ പോകും അപ്പൊ നമുക്ക് ഉള്ളിലുള്ളതാണ് പറഞ്ഞാ കേൾക്കണത് പുറമേക്ക് എന്തുപദേശിച്ചാലും ഉള്ളിലുള്ളത് എന്തു പറയണോ അതിനനുസരിച്ച് പോകും ചില വീട്ടിൽ പറയുന്ന പ്രഭാഷണത്തിനൊന്നും പോകാനായിട്ടില്ല അപ്പോഴൊന്നും പോണ്ട പോണ്ടാ പോണ്ടെന്ന് പറയും അപ്പൊ സിനിമയ്ക്ക് പോയിട്ട് വരാം വന്നി വരും അപ്പൊ ഉള്ളിലുള്ളതാണ് ജയിച്ച വാസന ഇങ്ങോട്ട് വലിക്കണോ അപ്പോ ധ്ര പോലും അറിയാം കാലപുരുഷൻ ഇവിടെ ചിലതൊക്കെ ചെയ്യാൻ നിശ്ചയിച്ചിരിക്കണു ആർക്കും ഇനി നടുവിൽ നിൽക്കാൻ പറ്റില്ല വിതുരർക്കും അറിയാം വിദുര ഒരു പലമുറ ഉപദേശിച്ചു യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് അത് തന്റെ ധർമ്മം അതുകൊണ്ട് ഉപദേശിച്ചു അവസാനമായിട്ട് ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറഞ്ഞു നിങ്ങളുടെ മകനുണ്ടല്ലോ ആ ദുര്യോധനൻ ഒന്ന് പിടിച്ചു കെട്ടി ജയിലിട അവൻ ജനിച്ചപ്പോഴേ അവനെ കാരണമല്ലേ ഈ യുദ്ധം ഇത് കേട്ടുകൊണ്ടേ ദുര്യോധനം വന്നു ആരടാ അത് ദാസിയുടെ മകൻ ഞാൻ കൊടുത്ത ഉപ്പ് വളർന്നവൻ എന്നെ വെളിയിൽ എറിയാൻ പറയണോ എന്ന് ചോദിച്ചു ചെറിയച്ഛനാണോ മഹാവിദ്വാനാണോ വിതുരതേ ദുര്യോധനൻ ചീത്ത പറഞ്ഞപ്പോ ഇതിനു മുമ്പ് പലവട്ടം ചീത്ത പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ചീത്ത പറഞ്ഞപ്പോ വിതുരര് ആ വില്ല് അവിടെ വെച്ചു ബില്ല് അദ്ദേഹത്തിന്റെ അധികാരം ആ അധികാരത്തിന് ധൃതരാഷ്ട്രയുടെ മുമ്പിൽ വെച്ചിട്ട് ഇറങ്ങിപ്പോയി എന്താ ഇറങ്ങി പോവാൻ വെച്ചാൽ ഇനി പിടിച്ചിട്ട് കിട്ടില്ല ഇതൊക്കെ ചാവാൻ പോണു കണ്ടകം കണ്ടകേനഭി ഈഷിത്തുഹൂ സമം ഈശ്വരൻ ഇവരെ തമ്മിൽ തല്ലിപ്പിച്ചിട്ട് വരെ ഉപയോഗിച്ച് ഇവരെ മുഴുവൻ നശിപ്പിക്കും അവസാനം യാതവരെയും നശിപ്പിക്കും ഒരു മുള്ളുകൊണ്ട് മറ്റേ മുള്ളെടുത്ത് രണ്ടു മുള്ളും കളയും അതിന് ഭഗവാൻ നിശ്ചയിച്ചിരിക്കുന്നു ഞാൻ എന്തിനു വെറുതെ ഇവിടെ കിടന്ന് വിഷമിക്കണം ഞാൻ സ്വസ്ഥമായി അതാണ് ഒന്നിൽ മായയിൽ പങ്കെടുത്ത് കളിക്കാം അല്ലെങ്കിൽ മായയിൽ നിന്ന് റിട്ടയറായി സമാധാനത്തോടെ പോവാം രണ്ടു ചോയ്സ് ജീവനുണ്ട് വിദുരൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇനി നമ്മൾ ഈ ഏർപ്പാടിനില്ല എന്ന് പറഞ്ഞു ഒരു നടത്തം നടന്നു മുപ്പത്തിയാറ് വർഷം നടന്നു മുപ്പത്തിയാറ് വർഷം നടന്നു അന്വേഷിച്ചതേ ഇല്ല എന്നാണ് യുദ്ധം നടന്നു ആരൊക്കെ മരിച്ചു ആരൊക്കെ ജീവിക്കണം ഒന്നും അന്വേഷിച്ചില്ല ഒരു പത്തു മുപ്പത്തിയാറ് വർഷം തീർത്ഥയാത്ര പല നദിക്കരയിലും അവിടെയും ഇവിടെയൊക്കെ യമുനാതീരത്തിൽ വന്നപ്പോൾ അവസാനം കണ്ടു ഒരാൾ അവധൂതനായിട്ട് വരുന്നു അത്ഭുതമായി ഒരു ദിവ്യരൂപം കണ്ടപ്പോ തന്നെ വിദുരർക്ക് ഹൃദയം ഒന്ന് തുടിച്ചു ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു ഉദ്ധവരാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ദാസനായ ഉദ്ധവരാണ് വരണത് ഉദ്ധവരെ കെട്ടിപ്പിടിച്ച് രണ്ടുപേരും കരഞ്ഞു ആ പിന്നെയാണ് രൂപം നോക്കണത് കൃഷ്ണനെ പോലെ തന്നെ പീതാംബരം ഉടുത്ത് കൃഷ്ണന്റെ മാല കഴുത്തിലിട്ട് കൃഷ്ണനെ പോലെ കുറിതൊട്ട് കൃഷ്ണന്റെ നിറം കൃഷ്ണനെ പോലെയുള്ള ഉദ്ധവര് ഇപ്പൊ കണ്ട എങ്ങനെയുണ്ടോ എന്ന് വെച്ചാ അവതൂതനെ പോലെ തലമുടിയൊക്കെ വിരിച്ചിട്ട് കൌവീനം മാത്രം ഒടുത്ത് മേത്ത് മുഴുവൻ ചാരം പൂശിയിട്ടൊരു ഉദ്ധവര് എവിടേക്കാ പോണോ ഉദ്ധവാ ഒന്നും പറയാനില്ല ഞാൻ ഭദ്രകാശ്രമത്തിലേക്ക് പോകും യാദവന്മാരൊക്കെ എന്ത് ചെയ്യണു എല്ലാം പോയി തമ്മിൽ തമ്മിൽ അടിച്ചു മരിച്ചു ഭഗവാൻ എനിക്ക് ബ്രഹ്മതത്വം ഉപദേശിച്ച് എന്നെ ഭദ്രകാശ്രമത്തിനു പോയി ധ്യാനം ചെയ്യാൻ പറഞ്ഞിരിക്കുക ഞാൻ പോവാൻ പദരികാശ്രമത്തിൽ പോയി ധ്യാനം ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് ഞാനിത് ആ പോയിക്കൊണ്ടിരിക്കണോ എന്നാണ് ഉദ്ധവർ വിതുരം പറഞ്ഞു എനിക്കും ആ ബ്രഹ്മവിദ്യ ഒന്ന് ഉപദേശിച്ചു തരുമോ മനസ്സ് വളരെ ചഞ്ചലമായിരിക്കുക ആ അസ്ഥിനാപുരം എന്ന് പറയുന്ന ആ ഒരു തീച്ചട്ടി പുറത്തു ചാടിയതാ എനിക്ക് ഉപദേശിച്ചു തരുമോ ഉദ്ധവർ പറഞ്ഞു വിതുരരെ അവിടത്തേക്ക് ഉപദേശിക്കാനുള്ള ഒരു അധികാരമൊന്നും എനിക്കില്ല നമ്മുടെ ട്രെയിനിൽ ടിക്കറ്റ് നേരെ സ്റ്റേഷനിലേക്കാണ് ടെർമിനസിലേക്കാണ് വഴിയിലൊന്നും ഇറങ്ങാൻ സമയമില്ല അങ്ങേക്ക് ഉപദേശിക്കാൻ ഒരാളെ ഭഗവാൻ തന്നെ നിർത്തിയിട്ടുണ്ട് ഹരിദ്വാരത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞു ഹരിദ്വാരത്തിൽ പോയി മൈത്രേയ മഹർഷി മൈത്രേയ മഹർഷിയിൽ നിന്നും ആത്മവിദ്യ ഗ്രഹിച്ചു ആത്മതത്വം ഗ്രഹിച്ച് വിതുരര് ജ്ഞാനിയായി അപ്പോഴാണോ മനസ്സിലാവണത് ഹസ്തനാപുരത്തില് ഒക്കെ അസ്തമിച്ചിരിക്കുന്നു എന്നിട്ട് തിരിച്ചു വന്നു അസ്തിനാപുരത്തിലേക്ക് വന്നു ധൃതരാഷ്ട്ര മഹാരാജാവിനെ കണ്ടു അദ്ദേഹത്തിന് അപ്പോഴും ഒരു കുഴപ്പമില്ല എന്താന്ന് വെച്ചാൽ മക്കളൊക്കെ മരിച്ചു ബന്ധുക്കളൊക്കെ മരിച്ചു പാണ്ഡവരെ ഭീമനെ ഞെരിച്ചു കൊല്ലാൻ ശ്രമിച്ചു ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ കൊട്ടാരത്തിൽ തന്നെ സുഖമായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് ചാപ്പാട് കാപ്പി ടിഫൻ ഒക്കെയായിട്ട് കഴിയുകയാണ് ഭീമൻ കൊണ്ടു കൊടുക്കണ ആഹാരവും കഴിച്ചുകൊണ്ടിരിക്കുക അത്രേ ഭരതരാഷ്ട്രം വിതുരൻ അവിടെ വന്നു പറഞ്ഞു വേട്ട എഴുന്നേക്കാം എത്ര കാലം ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും തിന്നതൊന്നും മതിയായില്ലേ ഈ കാലം കടന്നു പോകണൂ മരണം വരാൻ പോകണു ഇനി എത്ര കാലം ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും എഴുന്നേക്കാം അപ്പോഴൊന്നും മനസ്സിലായില്ല ഇദ്ദേഹത്തിനാകപ്പാട ഒന്നിലൊരു ഉത്സാഹമില്ലാതെ ആയിക്കഴിഞ്ഞേ അപ്പോഴാണ് വിതുരൻ പറഞ്ഞത് രാജാവെ ഭയങ്കരമായ മരണം മുമ്പിൽ വന്നു നിൽക്കണു ഈ ഭീമൻ കൊണ്ടുവന്ന് തരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് അല്ല പിവർജിതം പിണ്ഡം ആദത്തെ ഗൃഹപാലവത് വീട്ടിലിരിക്കണ ഒരു നായിനെ പോലെ ആയിക്കു കൊടുക്കണ ഭക്ഷണം പോലെ കൊണ്ടുവന്ന് തരുന്നത് തിന്നുകൊണ്ടിരിക്കണമല്ലോ വയസ്സായി കഴിഞ്ഞാൽ ആത്മതത്വമറിഞ്ഞ് ശരീരത്തിലുള്ള അഭിമാനം ഉപേക്ഷിച്ച് മക്കളെവിടെ പേരക്കുട്ടികളെവിടെ ഒക്കെ നാളൊക്കെ നിൽക്കാത്ത വസ്തുക്കൾ എന്ന് പറഞ്ഞ് ആസക്തി വിട്ടിട്ട് ഗംഭീരമായി എവിടെയെങ്കിലും സത്സംഗത്തിലൊക്കെ സത്യം കേട്ട് രമിച്ച് ആരും അറിയാതെ ശരീരം ഉപേക്ഷിക്കണം അവനാണ് ധീരൻ ഇതല്ലാതെ പത്തൊൻപത് തൊണ്ണൂറ് വയസ്സായിട്ട് ആ സമയത്ത് ഇടുപ്പില് താക്കോലും വെച്ച് ലോകവർത്തമാനവും കേട്ട് ടി നോക്കി മരണം വരുന്നുള്ളതേ അറിയാതെ അപ്പോഴും വേണ്ടാത്തരവും പറഞ്ഞ് നാട്ടുവർത്തമാനവും പറഞ്ഞ് മണ്ടരുട്ടി ഈ ലോകത്തിൽ നമ്മളേതോ ശാശ്വതം പോലെ നേരാ നേരത്തിന് ശാപ്പാട് ഒരു വിധത്തിലും കഴിഞ്ഞ അവസാനം നന്ദവനത്തിൽ അവ ഒരാണ്ടി അവൻ നാലാറു മാതമായി കുയവനെ വേണ്ടി കൊണ്ടുവന്താനൊരു തോണ്ടി അതെ കൂത്താടി കൂത്താടി പോട്ട് ഉടച്ചാണ്ടി ഈ ജീവൻ ഈ കുടം പോലെയുള്ള ശരീരം കൊണ്ടുവന്ന് കൂത്താടി കൂത്താടി പൊട്ടു ഉടത്താണ്ടി ചോട്ടിലിട്ട് പൊട്ടിച്ചു എന്തു പ്രയോജനം അതുകൊണ്ടാണ് വിതുര പറയണത് ഏട്ടനോട് പുറപ്പെടാം എവിടെയെങ്കിലും അപ്പോ ജീവിതത്തിൽ നടക്കാനുള്ളതൊക്കെ നടക്കുമെന്ന് അറിഞ്ഞാൽ ശാന്തിയാണ് അല്ലെങ്കിൽ നമ്മൾ ശാന്തിക്ക് എന്തു ചെയ്യും ഇനിയിപ്പോ ഒരു പക്ഷെ ചിലവരൊക്കെ ചോദിച്ചോ അയ്യോ ഇങ്ങനെയൊക്കെ ഉപദേശിച്ചാ കർമ്മം ചെയ്യാതെ മടിയാവില്ലേ മടിയായ ഒരു കുഴപ്പമില്ല തമിഴിൽ ഞങ്ങൾ മടി മടിന്ന് മടി വേണം തമിഴിൽ മടിയെന്ന് വെച്ചാൽ ആചാരം എന്നാണ് അർത്ഥം ആചാരം മലയാളത്തിൽ കുഴുമടി ഉണ്ടല്ലോ ആ കുഴുമടി ഞാൻ പറയാം സ്വാമി രാമദാസിനോട് ഒരു ചോദ്യം ചോദിച്ച യ് ഇന്ത്യക്കാരൊക്കെ ഇങ്ങനെ മടിയന്മാരായി പോകില്ലേ എപ്പോഴും നാമം ജവിച്ചാ മതി എന്ന് പറഞ്ഞാൽ രാമദാസ്വാമി ഒരു പ്രത്യേക തരത്തിലുള്ള ഉത്തരം പറഞ്ഞു വേറെ ആരും അങ്ങനെ ഉത്തരം പറഞ്ഞിട്ടില്ല വിവേകാനന്ദ സ്വാമികളോ മറ്റുള്ളവരൊക്കെ പല വിധത്തിലുള്ള ഉത്തരം രാമദാസ്വാമി പറഞ്ഞത് അങ്ങനെ ഇപ്പൊ മടിയായ വലിയ കുഴപ്പമൊന്നുമില്ല എന്താന്ന് വെച്ചാൽ മടി കൊണ്ട് നമ്മളുടെ ഇന്ത്യക്കാരുടെ മടി കൊണ്ട് ഇതുവരെ ലോകത്തിൽ ആർക്കും ഒരു ദൂഷ്യവും പരമശാന്തമായ ജനത അത്യാവശ്യം എവിടെയെങ്കിലും ഊണ് കിട്ടിയാൽ തൃപ്തി ആയിക്കൊള്ളും ആരെയും ദ്രോഹിച്ചിട്ടില്ല നേരെ മറിച്ച് ഈ പ്രവർത്തിക്കുക കർമ്മം ചെയ്യുക എന്നൊക്കെ ഉപദേശിച്ച് ആറ്റം ബോംബും ന്യൂക്ലിയർ ബോംബും കണ്ടവന്റെ കഴുത്തിലൊക്കെ കത്തിവെച്ച് കണ്ട രാജ്യമൊക്കെ ആക്രമിച്ച് അത്തരത്തിൽ പ്രവർത്തിയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല പ്രകൃതിയിലും മറ്റ് ജീവികളെ ഒക്കെ നോക്കൂ ആവശ്യത്തിന് വേണ്ട പ്രവൃത്തി ചെയ്യണു അത് കഴിഞ്ഞാൽ ശാന്തമായിട്ടിരിക്കണം അവർക്ക് ആഹാരം ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കണു അത് കഴിഞ്ഞാൽ ശാന്തമായിട്ടിരിക്കും ബാക്കിയുള്ള കലകളൊക്കെ അവിടെ പുഷ്ടിപ്പെട്ടു വരും അപ്പൊ പ്രവർത്തിക്കേണ്ട എന്നല്ല അർത്ഥം പ്രവർത്തിക്കാനല്ല ജീവിതം ശാന്തി കണ്ടെത്താനാണ് പരമസത്യം കണ്ടെത്താനാണ് പ്രവൃത്തി ശരീരം നിലനിർത്താൻ വേണ്ടി മാത്രം പ്രവൃത്തി നമ്മളുടെ കയ്യിൽ പോലുമില്ല പ്രകൃതിയുടെ കയ്യിലാണ് പ്രവർത്തിക്കാനോ പ്രവർത്തിക്കാതിരിക്കാനോ നമുക്ക് സ്വാതന്ത്ര്യമില്ല പ്രവൃത്തി പ്രകൃതിയുടെ കയ്യിലാണ് നമ്മൾക്ക് പ്രവർത്തിക്കാൻ നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ തലകുത്തി നിന്നാലും ഒരു പ്രവൃത്തി നമ്മുടെ കയ്യിൽ കിട്ടില്ല എത്ര പേര് ജോലിക്ക് വേണ്ടി എന്തൊക്കെ ശ്രമിച്ചു നോക്കണോ കിട്ടുന്നില്ല വേണ്ടാന്ന് വിചാരിച്ചാൽ ചിലർക്ക് വിളിച്ചു കൊടുക്കണം എന്നിട്ട് നട്ടം തിരിയും സർക്കസിലെ ചക്രത്തിലൊക്കെ അയറി പോലെ അപ്പോ ഇതൊന്നും ഇത് പ്രകൃതിയുടെ ഒരു ഇന്ദ്രജാല പ്രകടനം ഇതിപ്പോ ഈ സത്യം മനസ്സിലായാലും ശരി മനസ്സിലായിട്ടില്ലെങ്കിലും ശരി ഇതാണോ സത്യം അപ്പൊ ഭഗവാൻ പറയണത് അർജുന ഇവരെയൊക്കെ ഞാൻ കൊന്നിട്ട് നിർത്തിയിരിക്കുകയാണ് ഇനി യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞാലൊന്നും നടക്കില്ല എഴുന്നേക്ക തസ്മാത്വമുത്തിഷ്ഠ യശോലഭസ്വ യശസ് കിട്ടും തനിക്ക് ഫേം കിട്ടും പ്രസിദ്ധി കിട്ടും ശത്രുവും ജിത്വുംവ രാജ്യം സമൃദ്ധം ശത്രുക്കളെയൊക്കെ ജയിച്ചിട്ട് സമൃദ്ധമായ രാജ്യം അനുഭവിക്കാം മയൈവേതേ നിഹതാ പൂർവമേവ നിമിത്തമാത്രം ഭവ സവ്യസാചർജുന സവ്യസാചിയാണ് നീ ഇടത് കൈ കൊണ്ട് അമ്പയ്യ അത് തന്റെ കഴിവൊന്നുമല്ല താൻ വിചാരിച്ചിട്ട് പരിശീലിച്ചതാണോ ഇടത് കൈ കൊണ്ട് അമ്പയ്യ ജനിക്കുമ്പോ എടം കയ്യൻ ജനിച്ചു അതിൽ പോലും തനിക്ക് സ്വാതന്ത്ര്യമില്ലാതെ മറ്റുള്ളവര് വലത് കൈ കൊണ്ട് അമ്പയ്യുമ്പോ തനിക്ക് അർജുനൻ രണ്ട് കൈ ഉപയോഗിക്കും പക്ഷെ ഭഗവാനോട് പറഞ്ഞു എടാ എടം കയ്യ എന്നുവെച്ചാൽ കൈ പോലും എന്റെ കയ്യിലായിരിക്കണത് അതിലുപോലും തനിക്ക് സ്വാതന്ത്ര്യമില്ല എടംകയ്യനായി ജനിച്ചു എന്ന് വെച്ചാൽ പിന്നെ വലങ്കയ്യന്മാരെ പോലെ തന്നെ കൊണ്ട് വിചാരിച്ചാ വലങ്കയ്യുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നിട്ടാണോ അപ്പോ നിമിത്തമാത്രം ഭവ സവ്യസാചിൻ സവ്യസാചിയായിട്ടുള്ള എ അർജുന വെറും നിമിത്തമായിട്ട് ഒരു യന്ത്രമായി പ്രവർത്തിക്കും വിവേകാനന്ദ സ്വാമികൾ നരേന്ദ്രനാഥൻ രാമകൃഷ്ണ പരമവംസരം മരിക്കുന്നതിനൊരു രണ്ടു മൂന്ന് ദിവസം മുമ്പ് നരേന്ദ്രനാഥനെ അടുത്തു വിളിച്ചു അടുത്ത് വിളിച്ച് മഹാകാരുണ്യത്തോടെ നോക്കി എന്നിട്ട് കയ്യിൽ പിടിച്ച് കുറച്ചു നേരം അങ്ങനെ ഇരുന്നു നരേന്ദ്രനാഥിന് തന്റെ ഉള്ളിൽ മഹാശക്തി പ്രസരിക്കുന്ന പോലെ തോന്നി പ്രവഹിക്കുന്ന പോലെ തോന്നി കുറച്ചുനേരം കഴിഞ്ഞപ്പോ വളരെ വിനയത്തോടെ രാമകൃഷ്ണദേവൻ നരേന്ദ്രനാഥിനോട് പറഞ്ഞു ലോകത്തിനെ പഠിപ്പിക്കാമെന്നിരിക്കുന്ന ആളാണ് തന്നിലേക്ക് ഞാൻ എന്റെ കയ്യിലുള്ളത് മുഴുവൻ തന്നിരിക്കുന്നു ഇപ്പൊ ഞാനൊന്നുമില്ലാത്തൊരു ഭിക്ഷക്കാരൻ ഫക്കീർ എന്റെ കയ്യിലുള്ളതൊക്കെ തനിക്ക് തന്നിരിക്കുന്നു ഇതുകൊണ്ട് താൻ ലോകത്തിനെ മുഴുവൻ പഠിപ്പിക്കും അപ്പൊ നരേന്ദ്രനാഥൻ പറഞ്ഞു അയ്യോ ഠാക്കൂർ എനിക്ക് ലോകത്തിനെ പഠിപ്പിക്കാനൊന്നും സാധിക്കില്ല രാമകൃഷ്ണദേവൻ പറഞ്ഞു തന്റെ ഓരോ കോശവും പഠിപ്പിക്കും നിരിക്കണ്ട തന്നെ കൊണ്ട് സാധിക്കുകയോ സാധിക്കില്ലയോ എന്നുള്ള നിരൂപണം ചെയ്യാൻ പോലും തനിക്ക് അർഹത തന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും ഇതിന് ശരിക്കും വിവേകാനന്ദ സ്വാമികൾ കുട്ടിക്കാലത്തൊന്നും ആശിച്ചിരുന്നില്ല നാട്ടിൽ പ്രസംഗിക്കണമെന്നോ പഠിപ്പിക്കണമെന്നോ ആദ്യത്തെ പ്രസംഗമായിരുന്നു ഷിക്കാഗോയിൽ ചെയ്തത് പ്രസംഗം ചെയ്ത് പഠിച്ച ആളൊന്നുമല്ല ആദ്യമായി അദ്ദേഹം ചെയ്ത പ്രസംഗമായിരുന്നു അമേരിക്കയിൽ ഷിക്കാഗോയിൽ അതുവരെ പ്രസംഗിച്ചിട്ടൊന്നുമില്ല അദ്ദേഹം അദ്ദേഹം പിൽക്കാലത്ത് അവസാനം പറയുന്നു ഞാൻ ഇത്തരകാലം ചെയ്ത പ്രവൃത്തിയൊക്കെ കള്ളം ലോകത്തിനെ നന്നാക്കാനായി ഇറങ്ങിയതും സ്വാമിയായി നടന്നതും ഉപദേശിച്ചതുമൊക്കെ മായാം രാമകൃഷ്ണ പരമഹംസരുടെ മുമ്പിൽ ദക്ഷിണേശ്വരത്തിലെ പൂന്തോട്ടത്തിൽ ആലിമരത്തിന്റെ ചുവട്ടിലിരുന്ന് അദ്ദേഹത്തിന്റെ മുഖത്തുനിന്ന് സ്രവിക്കുന്ന അമൃതം കുടിച്ചിരുന്ന് വെറും കുട്ടിയാണ് ഞാൻ ീ ഉപദേശിച്ചതും ലോകത്തിൽ ആചാര്യനായി നടന്നതുമൊക്കെ വെറും മായ ഒരു ഇന്ദ്രജാലം രാമകൃഷ്ണ പരമംസർ ഏതൊരു ശക്തിയെ കാളി എന്ന് വിളിച്ചിരുന്നുവോ ആ ശക്തി എന്നെ പിടികൂടി ഇതൊക്കെ ചെയ്യിപ്പിച്ചതാണ് ഇപ്പൊതാ അവൾ എന്നെ വിട്ടിരിക്കുന്നു ഞാനിപ്പോ പരിപൂർണ സ്വതന്ത്രൻ എന്നുവെച്ചാൽ ഈ ചെയ്ത പ്രവൃത്തിയൊന്നും സ്വേച്ഛയാ ചെയ്തതല്ല എന്നർത്ഥം ഇതൊക്കെ ആ ശക്തി ആ ശരീരത്തിനെ കൊണ്ട് ചെയ്യി അങ്ങനെയാണെങ്കിൽ ജീവൻ കൊടുങ്ങില്ല ഈ അറിവുണ്ടെങ്കിൽ ആ ജീവൻ കൊടുങ്ങില്ല താൻ ചെയ്യുകയാണെന്ന് വിചാരിച്ചാൽ എത്ര നല്ല കാര്യമാണെങ്കിലും കൊടുക്കും ഇവിടെ നല്ല കാര്യം ചീത്ത കാര്യമൊന്നുമില്ല കാര്യമേ ഉള്ളൂ നല്ല കർമ്മമാണെങ്കിലും ചീത്ത കർമ്മമാണെങ്കിലും അത്യന്തം ബന്ധപ്പെടും ഞാൻ ചെയ്യണില്ല ഈശ്വരന്റെ കയ്യിൽ ഒരു യന്ത്രം എന്ന് കരുതിയാൽ ഇയാൾ ബന്ധപ്പെടില്ല മുക്തനാവും ഈ തത്വം ബോധിപ്പിക്കാനാണ് ഭഗവാൻ പറഞ്ഞത് അർജുന ദ്രോണം ച ഭീഷം ചയദ്രഥം ചർമ്മം തധാനിയൻ അപി യോധവീരാൻ മയാഹതാൻ ത്വം ജഹിമാ വ്യധിഷ്ഠ യുദ്ധസ്വ ജേതാണേ സപത്ന ഇങ്ങനെ പറഞ്ഞാൽ നല്ല ഉത്സാഹമല്ലേ അർജുനനോട് പറയണത് അർജുന ഇതായി നിക്കണ ദ്രോണരുണ്ടല്ലോ പേടിക്കൊന്നും വേണ്ട വലിയ ആചാര്യനാണോ യുദ്ധമുറയോ ഒക്കെ തന്നെ പഠിപ്പിച്ച ആളാണോ കാര്യമൊക്കെ ശരി പക്ഷെ ഞാൻ ആദ്യമേ കൊന്നുകഴിഞ്ഞു ഒരമ്പ ഇങ്ങോട്ട് വിടാം ദ്രോണം ചെ ഭീഷം ചെ ജയദ്രഥം ചെ ഒരമ്പ ഇങ്ങോട്ട് വിട്ടുള്ള അവരിങ്ങട് വീണോളും താൻ കൊന്നതാണെന്ന് ധരിച്ചുള്ളൂ ആളുകൾ ദ്രോണം ചെ ഭീഷം അതുപോലെ ഭീഷ്മരൻ ഉത്ര വലിയ ധനുർധാരിയാണ് മുത്തച്ഛനാണോ ഒന്നും വിചാരിക്കേണ്ട ഞാൻ കൊന്നു നിർത്തിയിരിക്കണം ഒരു അമ്പ് വിട്ടാൽ മതി ജയദ്രഥൻ ആ ജയദ്രഥനും കർണം ഏറ്റവും പേടിച്ചിരിക്കുന്ന ഈ കർണനുണ്ടല്ലോ ആ കർണം തഥാ അന്യാനപി യോധവീരാൻ ആരൊക്കെ യുദ്ധവീരന്മാരിവിടെ ഉണ്ടോ അവരെയൊക്കെ ഞാൻ കൊന്നിട്ട് തന്റെ മുമ്പിൽ വെറും പാപകളെ പോലെ നിർത്തിയിരിക്കുകയാണ് മയാഹതാന് എന്നാൽ കൊല്ലപ്പെട്ടവരാണ് അവര് മാവ്യധിഷ്ഠ അതുകൊണ്ട് പേടിക്കുമെന്നും വേണ്ട താൻ യുദ്ധസ്വ യുദ്ധം ചെയ്യൂ ജയിക്കോ എന്നുള്ള സംശയവും വേണ്ട ജേതാസി യിച്ചിരിക്കും ഈ ജയിക്ക ജയിക്ക തോൽക്ക എന്നുള്ള ക്വസ്റ്റ്യൻ ഒന്നുമില്ല ജേതാസി രണേ സപത്നാൻ താൻ ജയിച്ചിരിക്കണു ഇതൊക്കെ ഒരു മഹത്കർമ്മം ചെയ്യുമ്പോൾ ഗുരു ആദ്യമേ ബോധിപ്പിക്കും അതുകൊണ്ട് ശിഷ്യന് നല്ല ഉറപ്പ് വിവേകാനന്ദൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ രാമകൃഷ്ണ പരമവംസര ഒരു വലിയ സദസ്സിൽ വെച്ച് പറഞ്ഞു അത്രേ അന്ന് ലോകപ്രസിദ്ധനാണ് കേശവചന്ദ്രസേന അനേക പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ബ്രഹ്മസമാജത്തിന്റെ ലീഡറാണ് കേശവചന്ദ്രസേൻ അപ്പൊ കേശവചന്ദ്രസേനും ആ സഭയിലുണ്ട് നരേന്ദ്രനാഥൻ അരക്കാശിന് വഴിയില്ലാതെ ജോലി അന്വേഷിച്ച് നടക്കണം ഒരു ചക് നരേന്ദ്രനാഥനും ആ സഭയിലുണ്ട് ആ സഭയിൽ വെച്ച് രാമകൃഷ്ണ പരമവംശര് ഇനെ പറഞ്ഞു പ്രസംഗിച്ചുകൊണ്ട് ഇനെ ഭഗവാനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ രാമകൃഷ്ണ പരമവംശര് പറഞ്ഞു കേശവചന്ദ്രസേൻ ഒരു മെഴുകുതിരിയാണെങ്കിൽ രേന്ദ്രനാഥൻ കത്തിജോലിക്കുന്ന സൂര്യനാണോ എന്ന് പറഞ്ഞത്ര എല്ലാരും അത്ഭുതപ്പെട്ടു ഈ ജോലി കിട്ടാതെ നടക്കണ ചക്കൻ എവിടെ ലോകപ്രസിദ്ധനായി കേശവചന്ദ്രസേന എവിടെയെന്ന് അന്ന് അവിടെ ഒക്കെ വിശ്വസി വിചാരിച്ചു നരേന്ദ്രനാഥനും രാമകൃഷ്ണദേവനോട് ചീത്ത ദേഷ്യപ്പെട്ടു എന്തിനാ എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ സദസ്സില് വെച്ച് പറഞ്ഞോത്ര ഞാനെവിടെ കേശവചന്ദ്രസേന എവിടെ അപ്പൊ രാമകൃഷ്ണദേവൻ പറഞ്ഞു പറഞ്ഞതൊന്നുമല്ല ജഗതീശ്വരി എന്റെ വായിക്കൂടെ പറയിപ്പിച്ചതാണ് അതെനിക്കറിയില്ല അതിന്റെ ചുമതല അമ്മയ്ക്കാണെന്ന് അപ്പോ വരാമ്പോണത് മുൻകൂട്ടി ഒന്ന് പറഞ്ഞു ഉറപ്പ് കൊടുക്കുകയാണ് അത്രയോ അതുപോലെ ഇവിടെ അർജുനനോട് ഭഗവാൻ പറഞ്ഞു താൻ പേടിക്കൊന്നും വേണ്ട ഇവരൊക്കെ താൻ ജയിച്ചു കഴിഞ്ഞു ഒന്ന് ഇങ്ങനെ പറഞ്ഞ് അർജുനനെ ഭഗവാൻ അനുഗ്രഹിച്ചു സഞ്ജയോവാച ഏതശ്രുത്വചനം കേശവസ് കൃതാഞ്ജലി വേപമാന കിരീതി നമസ്കൃത് ഭൂയേവാഹ കൃഷ്ണം സഗദ്ഗതം ഭീത ഭീത പ്രണമ്യ ഇവിടെ പേടിച്ചു എന്നാണ് കാരണം ഇപ്പൊ കണ്ട രൂപം കണ്ട് ആരും പേടിക്കും ഇപ്പൊ ചതുർഭുജനായിട്ടല്ല ഭഗവാൻ നിൽക്കുന്നത് ഭയങ്കര രൂപിയായിട്ട് കാലനായിട്ട് വരാൻ പോണതൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന ഭഗവാന്റെ മുമ്പിൽ ഭീതഭീതപ്രണമ്യ പേടിച്ച് തൊണ്ടയടറി കൈകൂപ്പിക്കൊണ്ട് വേപമാന കിരീടി നിന്നു വരയ്ക്കുകയാണത്ര അർജുനൻ വില്ലാളീരനായ അർജുനൻ വേപമാനഹ നിന്നു വരയ്ക്കുന്ന ആളായിട്ട് നമസ്കൃത്വാഭൂയയേവ വീണ്ടും വീണ്ടും നമസ്കരിച്ചു വീണ്ടും വീണ്ടും നമസ്കരിച്ചുകൊണ്ട് ഗദ്ഗതത്തോടെ തൊണ്ടയടറിക്കൊണ്ട് പേടിച്ചുകൊണ്ട് ഭഗവാനെ സ്തുതിക്കുകയാണ് ഇനി അടുത്തു വരാൻ പോണ സ്തുതികളൊക്കെ എങ്ങനെ പേടിക്കാതിരിക്കും കാലപുരുഷനായി തന്റെ മുമ്പിൽ നിൽക്കുന്ന വാസുദേവൻ തന്നെ പോലെ തന്നെ അഞ്ചരെഡിയോ ആറേടിയോ പൊക്കമുള്ള ആള് പെട്ടെന്ന് ജഗത്തു മുഴുവൻ വ്യാപിച്ച കാലപുരുഷനായി ദർശനം കൊടുത്തു മാത്രമല്ല വരാൻ പോണത് മുഴുവൻ കാണിച്ചു കൊടുത്തു മാത്രമല്ല താനൊന്നുമല്ല എന്നുള്ളതും ബോധിപ്പിച്ചു കർത്തൃത്വമില്ലാതാക്കി ഇതിന്റെ തത്വം അറിഞ്ഞാൽ സ്വാതന്ത്ര്യം അറിയാതെ നോക്കിയാ പേടി ഇപ്പൊ തൽക്കാലം പൂർണ്ണമായി തെളിഞ്ഞില്ലേ അതുകൊണ്ടാ ഈ പേടി പേടിച്ച് ഭീതഭീത പ്രണമ്യ വല്ലാതെ ഭയന്നു ഭയന്നുകൊണ്ട് നമസ്കരിച്ച് ഭഗവാനെ സ്തുതിക്കാണ് ആ സ്തുതി നമ്മൾ നാളെ കാണാം ഓ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാശുച ഗീതയിലുള്ള തത്വമൊന്നും വേറൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിലും ഇത് ഓർമ്മ വെച്ചാൽ യജ്ഞാനാം ജപയജ്ഞോസ് ഭഗവാന്റെ ഏതെങ്കിലും നാമത്തിനെ നിരന്തരം ജപിക്കാം ജപിച്ചുകൊണ്ട് എല്ലാം ഭഗവാൻ നോക്കണുണ്ട് ഭഗവാന്റെ കയ്യിലൊരു യന്ത്രമാണ് അല്ലെങ്കിൽ ഒരു ദാസനാണ് ഭഗവാന്റെ ഒരു കൊച്ചുകുട്ടിയാണ് ഭഗവാന്റെ കയ്യിൽ എന്നുള്ള ഭാവം വെച്ചുകൊണ്ട് നമ്മളുടെ ചുമതല ജീവിതത്തിന്റെ വിഷമങ്ങളും ചുമതലയും അതിന്റെ വെയിറ്റുമൊക്കെ നമ്മൾ തലയിൽ വയ്ക്കുന്നതിന് പകരം ഭഗവാന്റെ കയ്യിൽ വെച്ചു കൊടുക്കുക ഒക്കെ വഹിച്ചു എന്നിട്ട് സ്വതന്ത്രമായി സന്തോഷമായിട്ടിരിക്കുക നമ്മൾ ചെയ്യണു നമ്മളുടെ കയ്യിലാണ് നമ്മളുടെ ജീവിതം എന്ന് ടെൻഷനാണ് വിഷമമാണ് ദുഃഖമാണ് അത് ഭഗവാന്റെ കയ്യിലാണെന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ സ്വാതന്ത്ര്യം മുക്തിക്കും ബന്ധത്തിനും ഇത്രേ വ്യത്യാസമുള്ളൂ ബന്ധം വെച്ചാൽ ഞാൻ ചെയ്യണു എന്റെ കയ്യിലാണെന്ന് വിചാരിച്ചാൽ ബന്ധം ഭഗവാന്റെ കയ്യിലാണെന്ന് വിചാരിച്ചാൽ മുക്തി അഹം കർത്തേതി ബന്ധ നാഹം കർത്തേതി മുക്തി ഇത്രയേ ഉള്ളൂ ഈ കർത്തൃത്വം ഭഗവാന്റെ തലയിൽ വെച്ചു കൊടുത്താൽ കർത്തൃത്വമേയില്ല ശരണാഗതി അതാണ് തമേവ ശരണം ഗച്ച സർവഭാവേന ഭാരത ശം പരമാകാ ഗോണരിണലോലമാസം പരമായാസം മാതാമന ഥം പ്രണമത ഗോവിന്ദം പരമാനന്ദോവിനന്ദം ഭജോവിരമാനന്ദ ഭജ ഗോവിന്ദം പരമാനന്ദ ണമാതിമി കാഭാസം കാളിഗതാളിയ ശിരസി സുനൃത്യ മുഹുരീതം കലിതശേഷം കലിദോഷഘ്നം കാളത്രയതിഹേതു പ്രണമത ഗോവിന്ദം പരമാനന്ദോവിന്ദ പരമാനന്ദം ഭജോവിന്ദ പരമാനന്ദോവിരമാനന്ദം ഭജോവിന്ദ പരമാനന്ദ വൃന്വന ഭുവിണവൃന്ദാധ്യുന്മലമന്ദസ്മേരസുധാനന്ദം സുമഹാനന്ദം വ ശേഷനിമാനസ വന്ദ്യനന്ദപദ ദ്വന്ദ് govindam paramanandam. paramanandam bhaja govindam paramanandam govindam paramanandam bhaja govindam paramanandam സർവവേദാന്ത സിദ്ധാന്ത ഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മേഹം ഈ പന്ത്രണ്ടാം തീയതി മുതൽ അതായത് ഇത് കഴിഞ്ഞ് പ്രഭാഷണ പരമ്പര കഴിഞ്ഞ് അടുത്ത ദിവസം മുതൽ പാലക്കാട് നെല്ലിശ്ശേരി ഗ്രാമത്തിൽ വടക്കുന്നറ ഗ്രാമത്തിന് അടുത്ത നെല്ലിശ്ശേരി ഗ്രാമത്തില് ഭാഗവത സപ്താഹം തുടങ്ങാണ് ഏഴു ദിവസം അതായത് പന്ത്രണ്ടാം തീയതി വൈകുന്നേരം നാലു മണിക്ക് ഭാഗവത മഹാത്മ്യം പതിമൂന്നാം തീയതി രാവിലെ ആറു മണി മുതൽ രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറ് ആറര മണിവരെ സപ്താഹം പാരായണവും പ്രഭാഷണവും ഉണ്ടാവും വളരെ ഭംഗിയായിട്ട് തന്നെ അവർ നടത്താൻ നിശ്ചയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ ഉള്ളവർക്കൊക്കെ ഒന്നും വലിയ ദൂരമൊന്നുമില്ല നെല്ലിശ്ശേരി ഇനിയിപ്പോ താമസിക്കാൻ പോലും പലർക്കും വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള താമസ സൌകര്യമൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് പന്ത്രണ്ടാം തീയതി മുതൽ പതിമൂന്നാം തീയതി മുതൽ പത്തൊമ്പതാം തീയതി വരെ